ഒരിക്കൽ ഈ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങൾ തമ്മിലൊരു മത്സരം നടന്ന ഉപരിയാണ് എന്താണ് മത്സരം ഓരോ ഇന്ദ്രിയവും പറയാണ് ഞാൻ ഉള്ളതുകൊണ്ടാണ് ഈ ശരീരം മര്യാദയ്ക്ക് നടക്കുന്നത് അതാണ് വലിയ മത്സരം കണ്ണുകൾ പറഞ്ഞു ഞാനില്ലായിരുന്നുവെങ്കിൽ ഈ ശരീരം ശവമാവുമായിരുന്നു അപ്പൊ ഉടനെ ചെയ് പറഞ്ഞു ഈ പൊട്ടാം മിണ്ടാതിരിക്കും ഈ ശരീരം ഇങ്ങനെ ജീവനോടുകൂടി ഇരിക്കുന്നത് എന്ന് ഈ ശരീരത്തിന്റെ അവസ്ഥ ഉടനെ നാവ് പറഞ്ഞു നിങ്ങളൊക്കെ അടങ്ങിയിരിക്കും ഞാനുള്ളതുകൊണ്ടാണ് ഈ ശരീരം നടക്കണതെന്ന് ഉടനെ കൈകൾ പറഞ്ഞു നിങ്ങളൊക്കെ അടങ്ങിയിരിക്കും ഞാനുള്ളതുകൊണ്ടാണ് കാലുകൾ പറഞ്ഞ് ഞാനില്ലായിരുന്നെങ്കിൽ നിങ്ങളും ചലിക്കുന്നതെനിക്ക് കാണാമായിരുന്നു ഇങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര മത്സരം പോര് ഉടനെ ഇവര് ഇങ്ങനെ പോരടിച്ചപ്പോ മത്സരിച്ചപ്പോ ഇവര് തമ്മിലൊരു സമ്മേളനമൊക്കെ കൂടിയിട്ട് പറഞ്ഞു എന്നാ അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാലോ ആരുള്ളതുകൊണ്ടാണ് ഈ ശരീരം നടക്കുന്നത് എന്നുള്ളത് ശരി അവര് കാര്യങ്ങളനുശേഷം എന്താണ് നിബന്ധന ഓരോരുത്തർ ഈ ശരീരത്തെ വിട്ടുപോവുക ഒരു മാസത്തേക്ക് എന്നിട്ട് ഈ ശരീരം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അയാൾ ഇല്ലെങ്കിലും ശരീരം നിലനിൽക്കുമെന്നുള്ളത് എന്താ സമ്മതാണോ ഓ സമ്മതം എന്ന് പറഞ്ഞു അങ്ങനെ നിറക്കിട്ടപ്പോൾ ആദ്യം നറുക്ക് വീണത് കണ്ണിന് അങ്ങനെ കണ്ണ് ശരീരം വിട്ടുപോയി രണ്ട് കണ്ണുകളും ഇപ്പൊ കണ്ണ് പോകുമ്പോൾ പറഞ്ഞു നോക്കിക്കോളൂ ഈ ശവം നിങ്ങൾക്ക് ഇതിന് ജീവനില്ലാത്തൊരു ശവമായിട്ട് കാണാൻ എന്നുള്ളത് ഞാനില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുള്ളത് നോക്കാലോ എന്നുള്ളത് കണ്ണ് കാണുന്നെങ്കിൽ ഇപ്പം ചെവി കേൾക്കൂ നാവ് വർക്ക് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണ് അഹങ്കരിച്ച് പോയി അങ്ങനെ കണ്ണ് പോയതിന് ശേഷം ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വരികയാണ് കണ്ണ് അപ്പൊ കണ്ണിന്റെ ഉള്ളിലിങ്ങനെ ഒരുപാട് ചിന്തനുണ്ട് ഞാനില്ലെങ്കിലും ഇത് നടക്കില്ലല്ലോ ഇപ്പൊ ശവമായിട്ടുണ്ടാവുമല്ലോ എന്നൊക്കെയുള്ള ചിന്ത പാവം അവരൊക്കെ ഇങ്ങനെ കരയുന്നുണ്ടാവോ എന്നെ കാണാതെ ദുഃഖിക്കുന്നുണ്ടാവോ എന്നൊക്കെ പറഞ്ഞപ്പോ വരുന്ന സമയത്ത് നോക്കുമ്പോൾ കാണുന്നത് ഈ മനുഷ്യന്റെ നല്ല കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ കുട്ടപ്പനായിട്ടിരിക്കുന്നു അയാൾ അങ്ങനെ ഓടിച്ചാടി നടക്കുന്നു നേരത്തെ ഇയാൾക്ക് പല ആനുകൂല്യങ്ങളും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ആനുകൂല്യങ്ങളും കിട്ടാൻ തുടങ്ങി റെയിൽവേയിൽ ഫ്രീ ടിക്കറ്റ് ബസ്സിൽ ഒരു സീറ്റ് സെപ്പറേറ്റ് എല്ലാ സൗകര്യങ്ങളും അപ്പോഴേക്ക് ഇയാളെ ലോട്ടറി കച്ചവടം തുടങ്ങിയിട്ടുണ്ട് കാരണം അന്മാർക്ക് സ്പെഷ്യൽ ഇതിന്റെ കൺസഡറേഷൻ അതിൽ തന്നെ ബൂത്ത് എന്തെല്ലാം അസുഖ അതൊക്കെ ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട് കണ്ണിന് വല്ലാത്ത ചെയ് പറഞ്ഞു കണ്ടില്ലേ നീയില്ലെങ്കിൽ ഇയാൾ ഒന്നുകൂടി കേമനാണ് നീ വിചാരിച്ചോതിയുള്ളതുകൊണ്ട് അത് ജീവിക്കുന്നതെന്ന് നോക്കടാന്ന് നീ ഇല്ലെങ്കിൽ ലോകം നിലനിൽക്കുന്നു ഇപ്പം മനസ്സിലായില്ലേ കയറിക്കോ നിന്റെ ഊഴൻ കഴിഞ്ഞില്ലേ അവൻ കയറി അതോടുകൂടിയിട്ട് അയാളുടെ എല്ലാം കഴിഞ്ഞു കണ്ണു വന്നതോടുകൂടിയിട്ട് അത് കഴിഞ്ഞ് ചെവിയോട് പറഞ്ഞു നീ നീയല്ലേ പോണ്ടത് നിന്റെ ഊഴൻ പോട്ടതിന് അങ്ങനെ ചെവി പോകുന്ന സമയത്ത് പറഞ്ഞു അഹങ്കരിച്ചുകൊണ്ട് ദേ ഞാനില്ലെങ്കിൽ ഇയാൾക്കൊന്നും കേൾക്കില്ല ഇയാളുടെ ജീവിതം ആ പോക്കാണ് അങ്ങനെയാണെങ്ങനെയാണൊക്കെ പറഞ്ഞു പോയി അങ്ങനെ ചെവിയും പോയി എന്ന് പറയണം ഒരു മാസം കഴിഞ്ഞ് ചെവി തിരിച്ചു വരുമ്പോൾ വന്നു നോക്കുമ്പോൾ കാണുന്നത് ഇയാൾക്കൊന്നും പറ്റിയിട്ടില്ല അയാൾ സുന്ദരമായിട്ട് അങ്ങനെ ഇപ്പൊ കുറേ കൂടി സമാധാനമുണ്ട് ആർക്കെന്ത് വേണേലും പറയാനായി നേരത്തെ പലരും പറയുന്നത് വേദന ഉണ്ടാക്കും അതൊന്നും കേൾക്കില്ല അതുകൊണ്ട് സമാധാനമായി നിങ്ങളെന്ത് വേണമെങ്കിലും എന്നെക്കുറിച്ച് ആരോട് വേണമെങ്കിലും പറഞ്ഞോളൂ ഒരു പ്രശ്നവുമില്ല എന്താ കഞ്ഞി വേണോ ചോറ് വേണോ എല്ലാറ്റിനും ഒരേ ഉത്തരവുള്ളൂ കാരണം പണ്ട് ചോയ്സ് ഉണ്ടായിരുന്നു പറഞ്ഞില്ല സമാധാനമായിട്ട് ഇയാൾ ഇരിക്കുന്നുണ്ട് ചെവിക്കും മനസ്സിലായി ഞാനില്ലെങ്കിൽ ഈ സുസ്ഥൻ നടക്കും എന്നുള്ളത് പിന്നെ നാവ് പോയി നാവ് പോയപ്പോൾ നാവിന് തോന്നി ഊണ് പറ്റില്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ടേസ്റ്റ് അറിയാൻ പറ്റില്ല ഞാനില്ലെങ്കിൽ ഇയാളെങ്ങനെ ജീവിക്കാൻ മാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാണുന്നത് ഇയാളുടെ തൊണ്ടയിലൊരു ദ്വാരമൊക്കെ വെച്ച പൈപ്പിലൂടെയാണ് ഇയാൾ കഴിക്കുന്നത് പിന്നെ നാവിൻ്റെ ഒന്നും ആവശ്യമില്ല അതുമെല്ലാം ലിക്വിഡായിട്ട് ഇങ്ങനെ സുരഞ്ചിലൂടെയൊക്കെ ആളെ കഴിക്കുന്നു നാവിന് മനസ്സിലായി ഞാനില്ലെങ്കിലും ഇയാളെ നടക്കുന്നു ഇങ്ങനെ പോയിട്ടും ആർ ശരീരത്തിനൊന്നും പറ്റിയില്ല അങ്ങനെ ഇരിക്കെ ഇവരൊക്കെ അഹങ്കാരം കണ്ടിട്ട് ഈ ശരീരത്തിലുള്ള ചൈതന്യം ശരീരത്തെ വിട്ടുപോകാൻ തുടങ്ങിയതാണ് ആ ചൈതന്യം ശരീരത്തെ വിടാൻ തുടങ്ങിയപ്പോ കണ്ണുകളൊക്കെ വെളിയാൻ തുടങ്ങി ചെവിയുടെ കിഴവേക്ക് പോകാൻ തുടങ്ങി നാവൊക്കെ വരലാൻ തുടങ്ങി ശരീരത്തിന്റെ ചൂട് പോവാൻ തുടങ്ങി എല്ലാം കൊണ്ടും ശരീരം അസ്വസ്ഥമാവാൻ തുടങ്ങി അപ്പോഴാണ് ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുള്ളതുകൊണ്ടല്ല ഈ ശരീരം പ്രവർത്തിക്കുന്നത് ഇതിനെ ചൈതന്യവത്താക്കാനൊരു ഈശ്വര തേജസ് ഈശ്വര ശക്തി ഈ ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത് അവരെ എല്ലാവരും കൂടി അവിടെ വച്ച് ഭഗവാനെ സ്തുതിക്കുകയാണ് ഭഗവാനോട് പറയുന്നു നമാമിതേ ദേവപതാരവിന്ദം ഏവാ അവിടുത്തെ പാദങ്ങളെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു അവിടുത്തെ മാഹാത്മ്യം ഞങ്ങൾ മനസ്സിലാക്കിയില്ല അവിടുത്തെ സാന്നിധ്യത്തിന്റെ വില ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾ ടേക്ക് ഫോർ ഗ്രാൻഡ് എന്ന് ഇംഗ്ലീഷിൽ ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിട്ടും ഞാനും നിങ്ങളും മനസ്സിലാക്കാതെ ജീവിച്ചു പോയി എന്ന് അതുകൊണ്ട് ഞങ്ങളുടെ അപരാധങ്ങളെ ക്ഷമിക്കണം ഞങ്ങളോട് കാരുണ്യം കാണിക്കണം എന്ന് പറഞ്ഞ് ആ ഭഗവാനെ നമസ്കരിക്കുകയാണ് ഓരോ ഇന്ദ്രിയങ്ങളും എന്നിവിടെ പറയുകയാണ് അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളുടെയും ഭഗവത് അർപ്പണം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മളോട് പറയുന്നു ഈ ലോകം എങ്ങനെയാണ് ഇത്രയും വിപുലീകൃതമായത് എവിടെ നിന്നാണ് സൃഷ്ടി വന്നത് ഇവിടെ പല മതങ്ങൾക്കും പല സിദ്ധാന്തങ്ങളുണ്ട് ക്രിസ്തു മതം പറയുന്നു ഈശ്വരനാണ് ലോകം സൃഷ്ടിച്ചത് ഇത് തന്നെയാണ് ഇസ്ലാം മതവും ഏറെക്കുറെ സമ്മതിക്കുന്നത് പക്ഷേ ഹിന്ദുമതത്തെ സംബന്ധിച്ച് ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ അവരെ പോലെ ഹിന്ദുമതം എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മുടേത് ഒരു മതമല്ല ഒരു ആളുകളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഇറ്റ്സ് എ പ്രിൻസിപ്പൾ ഒരു സയൻസാണെന്ന് പറയുന്നത് മനുഷ്യ മതമാണ് ഹിന്ദുമതെന്നാണ് അല്ലാതെ ഹിന്ദുക്കളുടെ മതമാണ് ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ തെറ്റി ഇതിൽ പറയുന്നതൊക്കെ നിങ്ങൾ നോക്കൂ ഗീതയിലും ഭാഗവതത്തിലൊക്കെ അവിടെ പറയും യഹ ആരാണോ ഇത് മനസ്സിലാക്കുന്നത് അവനാണ് ഭക്തനാണ് ഹിന്ദുക്കളാണ് ഭക്തന്മാരെന്ന് എഴുതി വെച്ചിട്ടില്ലേ അവിടെ ഈ യഹ എന്നുള്ളതിനെ യൂണിവേഴ്സൽ പ്ലൂറൽ എന്നാ പറയുക അതിലെല്ലാവരും ഉൾപ്പെട്ടു മനുഷ്യനായിട്ട് ഇവിടെ ആരൊക്കെ ജീവിക്കുന്നുണ്ടോ അവരൊക്കെ ഹിന്ദുക്കൾ തന്നെയാണ് കാരണം ഇതെല്ലാവരെയും എല്ലാവർക്കും വേണ്ടതാണ് എല്ലാവരിലും ഉള്ളതാണ് ഇല്ലാത്ത ഒന്നിനെ കുറിച്ചല്ല ഭാഗവതത്തിനോ ഭഗവത്ഗീതയ്ക്കോ പറയാനുള്ളത് ശരി അങ്ങനെ ഇവിടെ പറയുന്ന സൃഷ്ടി ഈശ്വരനല്ല അതിനുത്തരവാദി എന്നാണ് കാരണം ഈശ്വരനായിരുന്നു ഉത്തരവാദി എങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ കാണുന്നു പലരും കൈകളും കാലുകളും ഉള്ളവര് കൈകളും കാലുകളും ഇല്ലാത്തവര് ബുദ്ധിയുള്ളവര് ബുദ്ധിമാന്മാരല്ലാത്തവര് ഇങ്ങനെ വൈവിധ്യങ്ങൾ നമ്മൾ കാണുമ്പോ ഈശ്വരനാണ് അതിനൊക്കെ ഉത്തരവാദിയെങ്കിൽ ആ ഈശ്വരനെ ഈശ്വരനായിട്ട് അംഗീകരിക്കാൻ നമുക്ക് സാധ്യമല്ല കാരണം ഈശ്വരന് പക്ഷാഭേദം ഉണ്ടോ പറയേണ്ടി വരും പാർഷ്യാലിറ്റി ഉണ്ട് പറയേണ്ടി വരും ഇവിടെ തന്നെ നമ്മൾ കാണുന്നു ആരോഗ്യത്തോടുകൂടി ഒരു കുട്ടി ജനിക്കുന്നു അതേസമയം രോഗങ്ങളോടുകൂടി ഒരു കുട്ടി ജനിക്കുന്നു ഇതേ ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു കുട്ടി സുന്ദരനായിട്ട് ജനിക്കുന്നു ഒരു കുട്ടി സൗന്ദര്യം ഇല്ലാതെ ജനിക്കുന്നു ഒരു കുട്ടി ബുദ്ധി ജനിക്കുന്നു ഒരു കുട്ടി ബുദ്ധി ജനിക്കുന്നു കാണുന്നുണ്ടല്ലോ ഇതൊക്കെ ആരാ ഉത്തരവാദി ദൈവമാണോ ഈശ്വരനാണ് ഉത്തരവാദിയെങ്കിൽ ആ ഈശ്വരനെ പൂജിക്കാൻ അർഹനല്ല പൂജിതനല്ല എന്നാണ് ഭാരതീയ സംസ്കാരം പറയുന്നത് പിന്നെ ആരാണ് അതിനുത്തരവാദി അതിനുത്തരവാദി ോ മനസ്സുകളാണെന്ന് കണ്ടെത്തിയവരാണ് നമ്മുടെ പൂർവികന്മാർ ഇവിടെയാണ് ഇസ്ലാം മതവും ക്രിസ്തുമതവും ഭാരതീയ സംസ്കാരവും വലിയ വേർതിരിവുള്ളത് അപ്പൊ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ ഈശ്വരനാണെന്ന് പറയുന്നു അപ്പൊ അങ്ങനെ ഒരാളെ സൃഷ്ടിക്കൂ ഒരാൾക്ക് എന്താണ് ചെറുപ്പത്തിലെ കാലുകളില്ല ഒരാൾക്ക് കണ്ണുകളില്ല ഒരാളെ മന്ദബുദ്ധിയാക്കിയിട്ടൊക്കെ ഒരാളെ പാവപ്പെട്ടവനായിട്ടൊക്കെ ഈശ്വരൻ സൃഷ്ടിക്കൂ അപ്പൊ അവർക്കും പറയേണ്ടിയിരിക്കുന്നു അവിടെ വച്ച് അവൻ ചെയ്ത പാപത്തിന്റെ ഫലമായിട്ടാണ് ഈശ്വരൻ അവനെ അങ്ങനെ സൃഷ്ടിച്ചതെന്ന് അപ്പൊ അങ്ങനെ ഒരു ചിന്തനം അവരുടെ ഇടയിൽ ഉണ്ടെന്ന് പറയാനാണ് വെച്ചിട്ടാണ് അവൻ ആ പാപം ചെയ്തത് അപ്പൊ അവർക്കും അംഗീകരിക്കേണ്ടി വരുന്നു ഈ ശരീരം എടുക്കുന്നതിന് മുമ്പും അവന് മറ്റൊരു ജന്മമുണ്ടായിരുന്നു എന്നും അവിടെ വെച്ചിട്ടവൻ പാപം ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ നോക്കൂ അതൊക്കെയാണ് ആ മതങ്ങൾക്കുള്ള ബേസിക് ആയിട്ടുള്ള ചില പരാജയങ്ങൾ എന്ന് പറയാനാണ് ഉത്തരം പറയാൻ വ്യക്തമായി ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ല ഒരിക്കലും നമ്മളൊരു ക്രിസ്ത്യൻ ഫാദറോട് ചോദിച്ചു അയാളുടെ ലളിതമായൊരു ചോദ്യം ചോദിച്ചു ഈ നിങ്ങളുടെ ഇടയിൽ ഒരാളെ വെള്ളത്തിൽ മുക്കുമ്പോഴാണ് ഒരാളെ ക്രിസ്ത്യാനിയാവുന്നത് എന്തായാലും പറയാ ബാപ്റ്റിസം എന്ന് പറയും വെള്ളത്തിൽ മുക്കണം എന്നാലേ ക്രിസ്ത്യാനിയാവുള്ളൂ അതുവരെ അയാൾ ക്രിസ്ത്യാനിയല്ല അപ്പൊ ചോദ്യമായിരുന്നു അതുവരെ ഇയാൾ ആരാണ് എന്നുള്ളത് അയാൾ ഒരാൾ ക്രിസ്ത്യാനി ആവുന്നു ആവുന്നതിനൊരു ചടങ്ങ് ദ അപ്പൊ അതുവരെ ഇയാൾ ആരാണ് അയാൾ ക്രിസ്ത്യാനി അല്ലാത്തൊരു അയാൾ ജന്മനാ ക്രിസ്ത്യാനിയാണെങ്കിൽ പിന്നെ മുക്കണ്ട ആവശ്യമില്ല ഉണ്ടോ പിന്നെ മുക്കേണ്ട ആവശ്യമില്ല ജന്മനാ ഒരാൾ മുസ്ലിം ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആണെങ്കിൽ ഇതുപോലെ മുസ്ലിം മതത്തിനുണ്ട് അപ്പൊ അതുവരെ ആൾ ആരാണ് അപ്പം തന്നെ ഉറപ്പാണ് അയാൾ ജനിച്ചിരിക്കുന്നത് മനുഷ്യനാണ് ഭാരതീയ സംസ്കാരം അല്ലെങ്കിൽ ഈ ഒരു സംസ്കാരത്തിലാണ് പിന്നെ നിങ്ങളെ മാറ്റിയാണ് അവരെയൊക്കെ വാസ്തവത്തിൽ ജന്മനാത്തന്നെ ഒരാള് ഹിന്ദുമതം എന്ന് പറയാൻ പറ്റില്ല ഹിന്ദു എന്നുള്ള പദം തന്നെ വളരെ അപകടം പിടിച്ചൊരു പദമാണ് നമ്മൾ പറയേണ്ടിയിരുന്നത് ആർഷ സംസ്കാരം എന്നാണ് ഭാരതീയ സംസ്കാരം ആർഷ സംസ്കാരം എന്നാൽ ഋഷീശ്വരന്മാര് കണ്ടെത്തിയിരിക്കുന്ന ഒരു സംസ്കൃതിയാണ് നമ്മുടെ സംസ്കാരം അത് ഹിന്ദുക്കളോടല്ല അവർ പറഞ്ഞിരിക്കുന്നത് മനുഷ്യരോടാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗീതയിൽ വളരെ ഗംഭീരമായിട്ട് ഭഗവാൻ പറയും മനുഷ്യാണാം സഹസ്രേഷു ഹിന്ദുക്കൾ എന്നെ കാണുമ്പോഴെന്നല്ല പറഞ്ഞിരിക്കുന്നത് മനുഷ്യനെന്നുള്ള പദമാണ് ഭഗവാൻ ഗീതയിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നീട് പിന്നീട് നമ്മളെ ആളുകൾ അതിന് വ്യാഖ്യാനിച്ച് തെറ്റിദ്ധരിപ്പിച്ചതാണ് പറയുകയാണ് പോട്ടെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അപ്പോ ഒരു പൂർവജന്മ കർമ്മത്തെ അംഗീകരിക്കുമ്പോഴല്ലേ പാപങ്ങളുടെയൊക്കെ ശക്തി പറയാൻ പറ്റുള്ളൂ അപ്പൊ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ടാണ് ഒരാൾ അംഗവൈകല്യത്തോടുകൂടി ജനിക്കുന്നതെങ്കിൽ അപ്പോഴും അയാളുടെ ജന്മത്തിന് ആരാണ് കാരണക്കാരൻ ആരാണ് കാരണക്കാരൻ മുൻപ് ചെയ്ത പാപത്തിന്റെ ഫലമായിട്ടാണ് അംഗവൈകല്യത്തോടുകൂടി ഒരാൾ ജനിക്കുന്നതെന്ന് മറ്റ് മതങ്ങൾ പറയുന്നെങ്കിൽ അതിനാരാണ് ഉത്തരവാദി അപ്പോഴും ഈശ്വരനല്ലോ അയാളുടെ ജന്മം തന്നെയാണല്ലോ ഉത്തരവാദി അല്ലെ ചിന്തിക്കും നിങ്ങൾ വാസ്തവത്തിൽ സൃഷ്ടിയിൽ ഈശ്വരന് വലിയ പങ്കൊന്നുമില്ല ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഈശ്വര നടക്കുന്നത് പക്ഷേ അതിന് ഉത്തരവാദിത്വം മനസ്സുകളാണെന്ന് പറയുകയാണ് അപ്പൊ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മനുഷ്യ മനസ്സാണ് സൃഷ്ടിക്ക് കാരണമെങ്കിൽ വളരെ വളരെ അത്ഭുതകരമായൊരു ശാസ്ത്രമാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ശാസ്ത്രം ഈ സൃഷ്ടി ശാസ്ത്രം മനസ്സിൻ്റെ സ്വഭാവ ഗുണങ്ങൾ എപ്രകാരമോ അപ്രകാരമായിരിക്കും സൃഷ്ടി ഞാൻ ഇന്നലെ പറയുന്നുണ്ടായി ഇവിടെ അതുകൊണ്ട് തന്നെ മൂന്ന് തരം സൃഷ്ടികളെ നമുക്ക് കാണാം ഒന്നാമത്തെ സൃഷ്ടി ദൈവീക സൃഷ്ടി എന്ന് രണ്ടാമത്തെ സൃഷ്ടിയെ ആസുരിക സൃഷ്ടി എന്ന് പറയും മൂന്നാമത്തെ സൃഷ്ടിയെ മാനുഷിക സൃഷ്ടി എന്ന് പറയും ദൈവീക സൃഷ്ടി എന്ന് പറഞ്ഞാൽ ദൈവീക ഗുണങ്ങൾ കൂടുതലുള്ള സൃഷ്ടി നമുക്ക് തന്നെ കാണാം ചില മനുഷ്യരിൽ ജന്മനാ സ്നേഹം ജന്മനാ ദയ ജന്മനാ കാരുണ്യം കൂടുതലുള്ള വ്യക്തികൾ ഈ ലോകത്തിലുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാം സ്വാർത്ഥത കുറഞ്ഞ് കൂടുതൽ സ്നേഹമുള്ള ആളുകളൊക്കെ നമ്മുടെ വീടുകളിലുണ്ട് അതൊരു ദൈവീക സൃഷ്ടി തന്നെയാണ് പറയണം എന്ന് വെച്ചാൽ ദൈവീക സംസ്കാരം കൂടിയ സൃഷ്ടിയാണ് പ്രിയാണ് ചിലവരിൽ ചെറുപ്പത്തിലെ സ്വാർത്ഥതയും പോരും വളരെ പ്രബലമായിരിക്കും ക്രൂരതയൊക്കെ അങ്ങനെയുള്ള സൃഷ്ടികളെ ആസുരിക സൃഷ്ടികളെന്ന് പറയുന്നു എന്നാൽ തിന്മയും ഏറെക്കുറെ ഉള്ള സൃഷ്ടികളെയാണ് മാനുഷിക സൃഷ്ടികൾ അല്ലെങ്കിൽ മനുഷ്യനെന്ന് പറയുന്നത് പ്രിയാണ് മനസ്സുകൊണ്ടാണെന്നൊക്കെ പറയുന്നത് ശരീരം കൊണ്ടല്ല മനസ്സിന്റെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ് അപ്പൊ ഇവിടെ കഥ പറയുമ്പോൾ നല്ല മനോഹരമായൊരു കഥ പറയുകയാണ് കശ്യപൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ അയാൾക്ക് രണ്ട് ഭക്തിമാരുണ്ടായിരുന്നു ഒരാളുടെ പേര് ദിതി എന്നും മറ്റൊരാളുടെ പേര് അതിഥി എന്നും ഒരു ദിവസം സന്ധ്യാസമയത്ത് ദിതി വന്ന് ഭർത്താവിനോട് പറയുകയാണ് അങ്ങ് അതിഥിക്ക് പുത്രോൽപാദനമൊക്കെ ചെയ്തു അവൾ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ചു അവൾക്ക് നല്ല കുട്ടികളെയൊക്കെ കിട്ടി എനിക്ക് പുത്രന്മാരെയൊന്നും തന്നില്ല എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ എനിക്കും വേണം പുത്രന്മാരെ ഞാനെന്താ അങ്ങയുടെ പത്നിയല്ലേ അങ്ങ് പുത്രനെ ഉൽപ്പാദിപ്പിക്കേണ്ട അങ്ങയുടെ ധർമ്മമല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ സന്ധ്യാസമയത്ത് ഭർത്താവിനെ പുത്രോൽപാദനത്തിന് പ്രേരിപ്പിച്ചു ഭർത്താവ് പറഞ്ഞു എന്റെ പ്രിയപത്നി ഈ സമയം അതിനെ പറ്റിയതല്ല കാരണം കാമത്താലിനീ പീഡിതയാണെങ്കിലും സന്ധ്യാസമയം എന്ന് പറയുന്നത് പ്രകൃതിയില് ഒരു സന്ധിയുള്ള സമയമാണ് ആ പ്രകാശം വിട്ട് ഇരുട്ടിലേക്ക് അന്തരീക്ഷം വ്യാപിക്കുന്ന സമയമാണ് ഈ സമയത്ത് ആസുരിക ശക്തികളായിരിക്കും പ്രബലമായിരിക്കുക അതുകൊണ്ടാണ് സന്ധിക്ക് നാമം ചൊല്ലണം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ നാമം ചൊല്ലേണ്ട ഈശ്വരനെ സ്മരിക്കുന്ന സമയത്ത് നീ എന്നോട് പുത്രോൽപാദനം ചോദിച്ചു എന്താ ഞാൻ ചെയ്യുക ഒരിക്കലും നീ എന്നെ നിനക്ക് നല്ല കുട്ടികൾ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് പറഞ്ഞേക്കാൻ നോക്കി പക്ഷെ കാമപീഡിതയായ അവർക്ക് ഭർത്താവിൽ നിന്നും അപ്പോ പുത്രോൽപാദനം വേണം എന്നോട് എന്നോടിപ്പോ ഒന്നും പറയരുത് എനിക്കിപ്പോ പുത്രോൽപാദനം ചെയ്യണം എന്നെ പിൻവ പിന്തിരിപ്പിക്കരു എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെ ബലാൽക്കാരേണ പിടിച്ചു വലിച്ചുവെന്നാണ് കാമത്താൽ അവർക്ക് കണ്ണു കണ്ടില്ല നിയന്ത്രിക്കാൻ സാധിച്ചില്ല ആ സമയത്ത് ഭർത്താവിന് തോന്നി ഒരുപക്ഷെ ഈശ്വര ഇംഗിതം ഇതായിരിക്കാം എന്ന് പറഞ്ഞ് പുത്രോൽപാദനം ചെയ്തുവെന്നാണ് ആ സമയത്ത് പുത്രോത്പാദനം ചെയ്ത സമയത്ത് ഭർത്താവായ കശ്യപൻ അവളെ ശപിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ നിർബന്ധിപ്പിച്ച് ഈ സന്ധ്യാസമയത്ത് പുത്രോൽപാദനത്തിന് പ്രേരിപ്പിച്ച നിനക്ക് രണ്ട് ആസുരിക സ്വഭാവമുള്ള കുട്ടികൾ അവൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും ദ്രോഹം ചെയ്യുന്നവനായി തീരട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചുവെന്നാണ് അങ്ങനെ ആ സന്ധ്യാസമയത്ത് പുത്രോൽപാദനം ചെയ്തതിലുണ്ടായ കുട്ടികളാണത്രേ ഹിരണ്യാക്ഷനും കിരണ്യകശപവും എന്ന് കഥ പറയുക അപ്പൊ നോക്കൂ ആ അച്ഛനതൊക്കെ പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തിനത് കാണാനുള്ള ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു എന്നിട്ടും ആ ഭാര്യയ്ക്കത് സമ്മതമായില്ല അതിലുണ്ടായ പുത്രനാണ് ഹിരണ്യാക്ഷനും ഹിരണ്യവശ്യപും എന്ന് പറഞ്ഞാൽ അച്ഛൻ കശ്യപൻ ബ്രാഹ്മണൻ അദ്ദേഹത്തിന് രണ്ട് ഭക്തിമാര് ദിതിയെന്നും അതിഥിയെന്നും അതിൽ ദിതിയിലുണ്ടായ കുട്ടികളൊക്കെ അസുരന്മാര് അതിഥിയിലുണ്ടായ കുട്ടികളൊക്കെ ദേവന്മാര് ഇതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുക ഇവിടെയാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത് ഒരു സ്ത്രീയും പുരുഷനും ബന്ധപ്പെടുന്ന സമയത്ത് ഏത് കുട്ടിയാണ് ഉണ്ടാവേണ്ടതെന്ന് നിശ്ചയിക്കേണ്ടത് നിശ്ചയിക്കുന്നത് ആ സമയത്തുള്ള അമ്മയുടെ മനോവികാരവും ആ സമയത്തുള്ള ആ കാലത്തിന്റെ ശക്തിയുമാണ് പ്രിയാണ് അമ്മയുടെ മനോവികാരങ്ങൾ ദുർബലമായാൽ അമ്മയുടെ മനോവികാരങ്ങളിൽ കാമവും സ്വാർത്ഥതയും ദുഷ്ടതയും അസൂയുമൊക്കെ പ്രബലമായാൽ അതിലുണ്ടാവുന്ന കുട്ടികളും അത്തരത്തിലായിരിക്കുന്നതാണ് ഇതിപ്പോ ഭാരതീയ ശാസ്ത്രം പറയുന്നു ഇതിന് ആധുനിക ശാസ്ത്രത്തിൻ്റെ വല്ല സപ്പോർട്ടുണ്ടോ ആധുനിക സൈക്കോളജിയും ഇത് സമ്മതിച്ചിരിക്കുന്നു പറയാൻ ഈ അടുത്ത കാലത്ത് അമേരിക്കയിലൊക്കെ നടന്ന ഗവേഷണങ്ങൾ കാണിക്കുന്നത് ഒരു പുത്രന്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് അമ്മയുടെ മനോവികാരങ്ങളാണെന്ന് അവരും കണ്ടെത്തിയിരിക്കുന്നു ഇപ്പോൾ അടുത്ത കാലത്ത് ഓസ്ട്രേലിയയിലും മറ്റും നൂറോളം സ്ത്രീകളെ ഗർഭിണികളും പ്രസവിച്ച സ്ത്രീകളെ പരീക്ഷണത്തിന് വിധേയരാക്കി ഒരു കൂട്ടം ഡോക്ടർമാരും ശാസ്ത്രജ്ഞന്മാരും ചെയ്ത പരീക്ഷണത്തിൽ അവർക്ക് ഈ കാര്യം ബോധ്യപ്പെട്ടു എന്നാണ് അങ്ങനെ ആധുനിക സൈക്കോളജി ഞാൻ പറയുന്നത് നമ്മുടെ ഭാഗവതം പറയണമൊന്നുമില്ല ഇന്നത്തെ ലേറ്റസ്റ്റ് സൈക്കോളജി പറയുന്ന കാര്യമാണ് പറയുന്നത് സൈക്കോളജിയും ഭയോളജിയും ചേർന്നിട്ട് നടത്തിയ പഠനമാണിത് പറയുന്നത് ഒരു സ്ത്രീയും പുരുഷനും ബന്ധപ്പെടുമ്പോൾ ഒരു അന്തത്തോട് അടുക്കാൻ കൊതിക്കുന്നത് ചേരാൻ കൊതിക്കുന്നത് ലക്ഷക്കണക്കിന് ബീചാണുക്കളാണ് അത്ര അതിലേത് ബീജാണുവാണ് അണ്ടത്തോട് ചേരേണ്ടതെന്ന് നിശ്ചയിക്കുന്നത് ആ സമയത്തുള്ള അമ്മയുടെ മനോവികാരമാണെന്ന് ആധുനിക ശാസ്ത്രം നിസ്സംശയം പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതുവരെയല്ലേ നമ്മുടെ ആചാര്യന്മാരെ മുമ്പ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ആ അമ്മയുടെ മനസ്സിൽ ഉത്കൃഷ്ട ഉണ്ടാവണമെങ്കിൽ അതിനൊരു തപസ് വേണമെന്നാണ് അതുകൊണ്ടായിരിക്കാം എപ്പോൾ ഭഗവാൻ അവതരിക്കണം എന്ന് നിശ്ചയിക്കുന്നുവോ ആ സമയത്തെല്ലാം കശ്യപൻ ഭാര്യയോട് പറയും നീ തപസ്സ് ചെയ്യൂ എന്ന് അങ്ങനെ പയോവ്രതം എന്നൊരു വ്രതം കാണാം നിങ്ങൾക്ക് ഭാഗവതത്തിൽ അതുപോലെ തന്നെ ദേവകീ ദേവിയോടും വസുദേവരോടും ഭഗവാൻ കൃഷ്ണൻ പറയും ഞാൻ നിങ്ങൾക്ക് പുത്രനായി അവതരിക്കാൻ കാരണം നിങ്ങൾ എത്രയോ കാലം കഠിനമായ തപസ് ചെയ്തത് കൊണ്ടാണെന്ന് ഭാഗവതത്തിലെ വരികളുണ്ട് അപ്പൊ ഇങ്ങനെ വ്രതങ്ങളെടുത്ത് മനസ്സിനെ പരിശുദ്ധമാക്കിയിട്ട് ആ പരിശുദ്ധമായ മനസ്സിലേക്കാണ് പുത്രോൽപാദനം ചെയ്യുന്നതെങ്കിൽ വാസ്തവത്തിൽ ബീജവും അണ്ടവുമല്ല കുട്ടിയുടെ സ്വഭാവത്തെ നിശ്ചയിക്കുന്നത് അമ്മയുടെ മനോവികാരങ്ങളാണെന്ന് പറയുകയാണ് എത്ര ഗംഭീരമാണ് നോക്കൂ അതുകൊണ്ട് ഈ ലോകത്തിൽ ദുഷ്ടന്മാരൊക്കെ നമ്മൾ കാണുമ്പോൾ അത്ഭുതപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല അത് വന്നിരിക്കുന്നത് അങ്ങനെ ദുഷ്ടത നിറഞ്ഞൊരു മനസ്സിൽ നിന്നാണ് ക്രൂരന്മാരെയൊക്കെ കാണുമ്പോൾ അവിടെ അത് വന്നിരിക്കുന്നത് പ്രിയാണ് സ്വാർത്ഥത നിറഞ്ഞൊരു മനസ്സിൽ നിന്ന് സ്വാർത്ഥതയുള്ള സ്വഭാവമുള്ള കുട്ടിക്ക് പുറത്തുവരാൻ സാധിക്കുള്ളൂ ദുഷ്ടത നിറഞ്ഞ മനസ്സിൽ നിന്ന് ദുഷ്ടതയുള്ളൊരു ആൾക്കെ പുറത്തുവരാൻ സാധിക്കുള്ളൂ പ്രിയാണ് എത്രയോ തപസ്വിയായ വ്യാസർക്ക് ധൃതരാഷ്ട്രനെ പോലൊരു പുത്രനുണ്ടായി പാണ്ഡുവിനെ പോലെ പുത്രനുണ്ടായി വിധുരനെ പോലൊരു പുത്രനുണ്ടായി എന്ന് പറഞ്ഞാൽ അതിന് വ്യാസൻ മാത്രമാണോ ഉത്തരവാദി ഇന്ന് ആധുനിക ശാസ്ത്രം തന്നെ പറയുന്നു ലക്ഷക്കണക്കിന് ബീജാണുക്കളിൽ പല സ്വഭാവമുള്ള ബീജ ബിന്ദുക്കളുണ്ടത്രെ അതിൽ അംഗവൈകല്യമുള്ള ബിന്ദുക്കൾ ഉണ്ടാവാം അതിൽ സ്വഭാവ ഗുണങ്ങളുള്ള ബിന്ദുക്കൾ ഉണ്ടാവാം അതുപോലെ തന്നെ സ്വഭാവ ഗുണങ്ങളില്ലാത്ത ബിന്ദുക്കൾ ഉണ്ടാവാം ഇതൊക്കെ ഈ ബീജ ബിന്ദുക്കളിൽ ഏത് ബീജമാണ് ചേരുന്നതെന്ന് നിശ്ചയിക്കുന്നത് അമ്മയുടെ ആ സമയത്ത് മനോവികാരമാണെങ്കിൽ ഒരു പിതാവിൽ നിന്നും ഏത് ബീജത്തെ സ്വീകരിക്കണം എന്ന് നിശ്ചയിക്കുന്നത് അമ്മ മാത്രമാണ് ഇതാണ് സൃഷ്ടിത രഹസ്യം എന്ന് പറയാണ് അതുകൊണ്ടാണ് ഭാരതീയര് ഈ പെൺകുട്ടികളെയൊക്കെ ചെറുപ്പത്തിലെ ആത്മീയ സംസ്കാരത്തിൽ വളർത്തണമെന്ന് പറയുന്നത് അവർക്ക് ആത്മീയ സംസ്കാരമില്ല എങ്കിൽ കേവലം സ്വാർത്ഥതയും പോരും മത്സരമൊക്കെയാണുള്ളതെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ജന്മം ഉണ്ടാവുള്ളൂ പ്രിയാണ് കഴിഞ്ഞ മാസം നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും അമേരിക്കയിലെ ഏഴാം ക്ലാസിൽ പഠിക്കുന്ന ഒരു കുട്ടി പത്രത്തിലൊക്കെ വന്ന റിപ്പോർട്ടാണ് ഇവൻ രാവിലെ തന്നെ ഗണ്ണുമായിട്ട് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു എന്റെ സ്വന്തം മുത്തച്ഛനെ ഷൂട്ട് ചെയ്ത് മുത്തശ്ശിയെ ഷൂട്ട് ചെയ്ത് വഴിയിൽ കണ്ട അവന്റെ സുഹൃത്തുക്കളെ മുഴുവൻ ഷൂട്ട് ചെയ്ത് ക്ലാസ്സിലുള്ള അധ്യാപകനെ ഷൂട്ട് ചെയ്ത് അങ്ങനെ പന്ത്രണ്ട് പേരെ ഏഴ് വയസ്സ് ഏഴ് ക്ലാസ് ഏഴാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടി ഷൂട്ട് ചെയ്ത് അവസാനം തലയ്ക്ക് ഷൂട്ട് ചെയ്ത് മരിച്ചത് ഇല്ലേ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും നിങ്ങൾ അപ്പൊ നോക്കൂ ആ കുട്ടിയിൽ അങ്ങനെ ഒരു ക്രൂരത വരുമ്പോൾ ഞാനും നിങ്ങളും ആ കുട്ടിയെ കുട്ടിയെ അങ്ങോട്ട് നിന്നിക്കും ഇത്ര ക്രൂരത കുട്ടികൾക്കുണ്ടാവും ഇന്നത്തെ സമൂഹം അങ്ങനെയല്ലേ ഞാനും നിങ്ങളും ആ കുട്ടിയുടെ പിന്നിലുള്ള ഒരു അമ്മയുടെ മനോവികാരത്തെ തിരിച്ചറിയുന്നില്ലാതെയാണ് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് ഒരു ഹിരണ്യാച്ചനും ഹിരണ്യകശനും ക്രൂരന്മാരായതിന്റെ പിന്നിൽ ഒരമ്മയുടെ മനോവികാരത്തെ നമ്മളാരും തിരിച്ചറിയുന്നില്ലാത്രയാണ് അങ്ങനെ ആ അമ്മയുടെ മനോവികാരത്തിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാവുന്നെങ്കിൽ ആ മനോവികാരങ്ങൾ ഉത്കൃഷ്ടമായി തീരാൻ ആത്മീയ സംസ്കാരത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നത് കണ്ടുകൊണ്ടാണ് ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് സ്വയം പൂർവമനു എഴുതിവെച്ചത് ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് റോട്ടിലിറങ്ങാനും അതുപോലെ തന്നെ ഓഫീസിൽ പോകാനും സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതല്ല അതൊക്കെ രാഷ്ട്രീയക്കാർ പറഞ്ഞങ്ങോട്ട് തെറ്റായിട്ട് അതിനെ വ്യാഖ്യാനിച്ചു ഉപരിയാണ് നമുക്ക് പറ്റിയ വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഭഗവത്ഗീതയും ഭാഗവതമൊക്കെ വ്യാഖ്യാനിക്കുന്നത് ഒന്നാമത് രാഷ്ട്രീയക്കാരാണ് അവർക്കാണെങ്കിലോ അതിന് എ ബി സി ഡി അറിയില്ല എന്ന് മാത്രമല്ല അവരുടെ നിലനിൽപ്പിന് അതെത്രമാത്രം വ്യാഖ്യാനിക്കുക എന്നുള്ളത് അവർ കണ്ടെത്തിയിട്ടുണ്ട് വളരെ സുന്ദരമായിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പിന്നെ സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് റോട്ടിലടങ്ങാൻ സ്വാതന്ത്ര്യമില്ല എന്നല്ല സ്ത്രീ എന്നും സുരക്ഷിതയായിട്ടിരിക്കണമെന്നാണ് സ്ത്രീയുടെ മനസ്സെന്നും ആഭരണീയമായിരിക്കണം അതുകൊണ്ടല്ലേ ഭാരതീയര് ഈശ്വരനെ ആദ്യം സ്ത്രീയിലാണ് കണ്ടത് അല്ലാതെ ആണിലല്ല കണ്ടത് എന്ന് പറയുകയാണ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടിയോട് പറയുകയാണ് ഗുരുനാഥൻ ഇനി നീ ഈശ്വരനെ പൂജിക്കൂ എന്നു എവിടെ പോയിട്ട് അമ്പലങ്ങളിൽ പോയിട്ടല്ല അന്ന് വേദകാലങ്ങളിലൊന്നും അമ്പലമോ വിഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നിപ്പം നമുക്ക് സൗകര്യമാണ് വിഗ്രഹങ്ങളിലൂടെ ഈശ്വരനെ പൂജിക്കാം അന്ന് അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ചോദിച്ചു എങ്ങനെയാണ് ഗുരുനാഥ പൂജിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മാതൃദേവോധവാ പിതൃദേവോധവ ആചാര്യദേവോധവ അതിഥിദേവോഭവ ഇങ്ങനെയൊക്കെ നീ ഈശ്വരനെ പൂജിക്കുന്ന അപ്പൊ ആദ്യം അമ്മയിലൂടെ പൂജിക്കൂ എന്നാണ് ആ അമ്മ ആദരണീയായതുകൊണ്ടല്ലേ എങ്ങനെ പൂജിക്കാൻ പറയുന്നത് ഇങ്ങനെ ആദരണീയമായൊരു ജന്മം എടുത്ത് ആദരണീയമായ പുത്രന്റെ ജന്മം കൊടുത്തുകൊണ്ട് തീരണ്ടവളാണ് ഓരോ അമ്മമാരും അങ്ങനെ ഒരു സംസ്കാരം നമ്മൾ കുട്ടികൾക്ക് ചെറുപ്പത്തിലേ പകർന്നു കൊടുക്കണം എന്നവരെയാണ് എന്തോ ഈ കാലഘട്ടത്തിൽ നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല വെറും പുസ്തകം പഠിച്ച് കുറെ എഞ്ചിനീയറാക്കണം ഡോക്ടറാക്കണം അത് കഴിഞ്ഞാൽ പിന്നെ ജോലിയായി അത് കഴിഞ്ഞാൽ അവരായി അവരുടെ പാടായി പിന്നെ പാടോട് പാടായി അങ്ങനെ ജീവിതം കഴിച്ചു കൂട്ടണവരെയാണ് അതെന്നൊക്കെ മാറിയിട്ട് കുറച്ച് സമയമൊക്കെ ആധ്യാത്മികമായിട്ടുള്ള സംസ്കാരം ഭഗവത്ഗീതയോ ഭാഗവതമോ അതൊക്കെ വീട്ടിലൊക്കെ വായിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സംസ്കാരം ഉണ്ടെങ്കിൽ മനോവികാരങ്ങൾ ഉത്കൃഷ്ടമായി തീർന്നാൽ അതിൽ നിന്നും ഉണ്ടാവുന്ന സന്താന പരമ്പരകളിലും അത്തരത്തിലുള്ള ഉത്കൃഷ്ടമായ മനോവികാരങ്ങൾ ഉണ്ടാവും എന്നത് നമുക്ക് ശാസ്ത്രം കാണിച്ചു തരുന്നു ഇനി കാണാം ആറാമത്തെ മാസം ഗർഭന്ധരി ആറാമത്തെ മാസം ഭാഗവതം കെട്ടപ്പോഴാണ് പ്രഹ്ലാദൻ എന്ന കുട്ടി ഗർഭപാത്രത്തിൽ വെച്ച് ഭാഗവതം കെട്ടതെന്ന് ഇനി നമുക്ക് നാളെ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഈ ഭാഗം പറഞ്ഞപ്പോൾ സംഭരിപ്പിക്കണോ അപ്പൊ സൃഷ്ടിക്ക് കാരണം മനസ്സാണ് പറയാണ് കാമമാണ് എന്ന് പറയുന്നത് ഒരു ചിത്രകാരന്റെ മനസ്സിൽ ഒരു ചിത്രം വന്നാലും അതിനെ പ്രകടമാക്കണമെങ്കിൽ ഉള്ളിൽ ചിന്തകൾ വേണം ചിന്തകളില്ല ആ ചിത്രത്തെ പ്രകടമാക്കാൻ സാധ്യല്ല നിങ്ങൾക്കൊരു വീട് കെട്ടണം ആ വീടിന്റെ ചിത്രം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിലും അത് പ്രകടമാക്കണമെങ്കിൽ ചിന്തകൾ വേണം നിങ്ങൾ പ്രവർത്തിക്കണം ചിന്തകളിലൂടെ പ്രവർത്തിച്ചാലേ ആ വീടെന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പൊ കാമത്തിൽ നിന്നും കാമമാകുന്ന ചിന്തകളിൽ നിന്നുമാണ് സൃഷ്ടി വരുന്നതെങ്കിൽ എവിടെയാണ് സൃഷ്ടിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കാമങ്ങളിലാണ് സൃഷ്ടിയിരിക്കുന്നത് കാമത്തിലൂടെയാണ് സൃഷ്ടി പുറത്തുവരുന്നത് ശരി ഇനി സൃഷ്ടി പുറത്തുവന്നാൽ സൃഷ്ടി സ്വഭാവം നിശ്ചയിക്കുന്നതോ മനോവികാരങ്ങളാണെന്ന് പറഞ്ഞു ഉത്കൃഷ്ട മനോവികാരങ്ങളാണെങ്കിൽ ഉത്കൃഷ്ട സൃഷ്ടി തെറ്റായ മനോവികാരാണെങ്കിൽ അതിനനുസരിച്ച് സൃഷ്ടിയിലും സ്വഭാവത്തിലും വ്യത്യാസമുണ്ടാവും ഒരു കഥയും കൂടി പറഞ്ഞിട്ട് ഈ ഭാഗം ഉപസമരിപ്പിക്കാം ദിതിയിലുണ്ടായ കുട്ടികളൊക്കെ അസുരന്മാരാണെന്ന് പറയുമ്പോഴും ദിതിയിലും ദേവന്മാരുണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു കഥ ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട് ഏഴാമത്തെ സ്കന്ധത്തിൽ ഒരിക്കലും ദിതി ഭർത്താവായ കശ്യപിനോട് പറയും ഇന്ദ്രൻ എന്റെ കുട്ടികളെയൊക്കെ ദ്രോഹിക്കുന്നു ഞങ്ങൾക്ക് സ്വർഗമോ ഞങ്ങൾക്ക് എവിടെയും ഇരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ആ ഇന്ദ്രനെ കൊല്ലാനൊരു പുത്രനെ എനിക്ക് തരണമെന്ന് സങ്കടത്തോടൊടി ചെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു കഷ്ടം സ്വന്തം സഹോദരിയുടെ മകനെ കൊല്ലാനാണല്ലോ നീ തപസ്സ എന്നോട് പുത്രനെ ചോദിക്കുന്നത് നിനക്ക് ഇങ്ങനെയൊക്കെ ക്രൂരത തോന്നുന്നല്ലോ ദേവി സ്വന്തം സഹോദരിയുടെ പുത്രൻ സ്വന്തം പുത്രനായി നിനക്ക് കണ്ടുകൂടെ എന്നൊക്കെ ഉപദേശം കൊടുത്തപ്പോ അവർ പറഞ്ഞു എത്രയേലും എനിക്ക് എന്റെ മക്കളല്ലേ വലുത് എന്റെ മക്കളെ ദ്രോഹിക്കുന്നത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടൂ എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോ ഉടനെ പറഞ്ഞു നീയൊരു വ്രതം നോൽക്ക എന്താ വ്രതം പുംസവനം എന്നൊരു വ്രതം വ്രതം പറഞ്ഞു ചില നിബന്ധനകളും പറഞ്ഞു കൊടുത്തു ഡേ സന്ധിക്ക് കിടന്നുറങ്ങരുത് പിന്നെ പരദോഷണം പറയരുത് പിന്നെ എന്താണ് അടുത്ത വീടുകളിൽ പോയിട്ട് വേണ്ടാത്ത കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് വെച്ചാൽ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ സമയം കളരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞയച്ചു നിനക്കുന്നുണ്ട് പുത്രനെ തരാമെന്ന് അങ്ങനെ പുംസവനം എന്ന വ്രതൊക്കെ നോട്ട് ഇവർക്ക് പുത്രനെ കൊടുത്തു ആ പുത്രൻ വളരുമ്പോൾ ഇന്ദ്രൻ അറിഞ്ഞു അതിൽ വളരുന്ന കുട്ടി എന്നെ കൊല്ലാനാണ് വരുന്നത് ഇന്ദ്രൻ ഒരു വടുവിന്റെ രൂപമെടുത്ത് ചെറിയ ബ്രഹ്മചാരിയുടെ രൂപമെടുത്ത് ദിദിയുടെ വീട്ടിലെത്തി പറഞ്ഞു ഞാൻ ജോലിയൊന്നുമില്ലാതെങ്ങനെ അലതി നടക്കുകയാണ് അമ്മ എനിക്ക് എന്തെങ്കിലും ജോലി തന്നാൽ നന്നായിരുന്നുവെന്ന് ഈ അമ്മ വിചാരിച്ചു ജോലി അന്വേഷിച്ച് നടക്കുന്ന ഒരു കുട്ടിയാണ് ഏതായാലും വിനെ വീട്ടിൽ താമസിപ്പിക്കുകയാണ് അങ്ങനെ വീട്ടിലൊക്കെ താമസിപ്പിച്ച് ജോലിയും കൊടുത്തു വന അടുക്കളയിലും വേണ്ട കാര്യങ്ങളൊക്കെ സഹായിക്കും അങ്ങനെ സഹായിക്കുന്നതിൻ്റെ ഇടയിൽ ഇന്ദ്രന്റെ ചിന്ത മുഴുവൻ ഇല്ലായിരുന്നു എപ്പോഴാ ഈ ദേവി തപസിതെത്തിക്കുക എന്നുള്ളത് എന്നിട്ട് വേണം ഗർഭത്തിൽ കയറിക്കൂടാൻ ഇന്ദ്രൻ ആ കഴിവൊക്കെ ഗർഭത്തിലേക്ക് കയറാനൊക്കെയുള്ള കഴിവ് അങ്ങനെ അന്വേഷിച്ച് നോക്കി നോക്കി നോക്കിയിരിക്കുമ്പോൾ ഒരു ദിവസം സന്ധിക്ക് കിടന്നുറങ്ങാൻ പാടില്ലാത്ത സമയത്ത് സന്ധ്യയ്ക്ക് ഗർഭിണികൾ കിടന്നുറങ്ങരുതെന്നാണ് ഉറങ്ങാൻ പാടിയില്ലാത്ത സമയത്ത് ആ സമയത്ത് ഗർഭത്തിലേക്ക് കയറി തൻ്റെ കയ്യിൽ വജ്രായതുകൊണ്ട് എടുത്തു വെട്ടി ആ കുട്ടിയെ ഒരു വെട്ട് ഗർഭത്തിൽ വെച്ച് ഇന്ററിന് അറിയായിരുന്നു എങ്ങനെ ശരിയാക്കുക വെട്ടിയതും അത് രണ്ടു കഷ്ണമായി രണ്ടും കരയാൻ തുടങ്ങി രണ്ട് കഷ്ണങ്ങളും ഇന്ററിന് പേടി ഇത് കരഞ്ഞ അമ്മ എണീക്കൂ എന്നുള്ളത് അവിടെ വച്ച് വീണ്ടും രണ്ട് കഷ്ണത്തെ വീണ്ടും വെട്ടി ഏഴായിട്ടാണ് നുറുക്കി ഏഴെണ്ണം വീണ്ടും കരയാൻ തുടങ്ങി വീണ്ടും ഓരോ ഏഴത്തിന് ഓരോതിനെയും ഏഴേഴായിട്ട് നിർത്തി നാൽപ്പത്തൊമ്പത് കഷ്ണാക്കി മാറ്റി നാൽപ്പത്തൊമ്പതും ഒരു മനുഷ്യരൂപത്തെ എടുക്കണോ കരയാൻ തുടങ്ങി കൂട്ടക്കരച്ചിൽ അവസാനം ഇന്ദ്രൻ തോന്നുന്നു ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ആകെ കുഴപ്പമാണ് ഇനി മതി എന്ന് പറഞ്ഞിട്ട് നിർത്തി സ്ഥലമില്ല അതിൻ്റെ അകത്ത് പേരായി എന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക നിങ്ങളിന്ന് കരയേണ്ട ഞാൻ നിങ്ങളുടെ സഹോദരനാണ് ഞാൻ നിങ്ങളുടെ കൂടെ ജനിക്കാം പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് വജ്രായുധൊക്കെ മാറ്റിവെച്ച് ഇന്ദ്രനും അതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങനെ ഗർഭം പാകമായി ദിദിദേവി പ്രസവിക്കുകയാണ് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് തപസ് ചെയ്തത് പ്രസവിച്ച് നോക്കുമ്പോ ഒന്ന് രണ്ട് മൂന്ന് ഇതാ വരുന്നു പുറകെ ഒന്നായിട്ട് എന്റെ പന്നി പ്രസവിക്കുന്നത് പോലെ ഞാൻ ഇങ്ങനെ പ്രസവിക്കുന്നു അങ്ങനെ ഭർത്താവിനോട് ചോദിച്ചു ഒന്നിന് ഞാൻ തപസ് ചെയ്തത് ആ ഇങ്ങനെ വരണോ നാൽപ്പത്തൊമ്പത് ഒന്ന് അമ്പതാണോ അതിലമ്പതാമത്തെ പ്രസവിച്ചത് ചാടി എണീറ്റു ഇന്ദ്രൻ ഇന്ദ്രൻ പറഞ്ഞു ദേവി ഞാൻ അവിടുത്തെ പുത്രനല്ല ഞാൻ അവിടുത്തെ ആരുമല്ല ഞാൻ ഇന്ദ്രനാണ് ഹേയ് എന്നെ കൊല്ലാനല്ലേ ഞാൻ ഇത്രയും തപസ്സൊക്കെ ചെയ്തതെന്ന് ഞാൻ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണല്ലോ തപസ്സ് ഇതെങ്ങനെ നാൽപ്പത്തൊമ്പതെണ്ണം ഉണ്ടായതെന്ന് അവിടെ പറഞ്ഞു അവരെന്നെ കൊല്ലെന്ന് വിചാരിച്ച് ഞാൻ അവരെ കൊല്ലാൻ നിശ്ചയിച്ചു അവരെ കൊല്ലുമ്പോൾ ഇവരൊക്കെ കഷ്ണങ്ങൾ അത് എടുത്തിട്ട് കരയാൻ തുടങ്ങി അപ്പൊ ഞാൻ പറഞ്ഞു പേടിക്കുന്ന ഞാൻ സഹോദരനല്ലേ നിങ്ങളെ ദ്രോഹിക്കില്ല കൊല്ലില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് അവരെ ശാന്തരായതെന്ന് അങ്ങനെ ദേവിയുടെ മനസ്സുണ്ടല്ലോ തപസ്സിനാൽ ശാന്തമായിരുന്നു ദ്രേബുദ്ധിയൊന്നും തോന്നിയില്ല ഇന്ദ്രനോട് കൈകൂട്ടിയിട്ട് പറഞ്ഞു ഏതായാലും ഇന്ദ്ര ഒരു കാര്യം ചെയ്യൂ നിന്റെ കൂടെ ജനിച്ചതല്ലേ അതുകൊണ്ട് നീ ഇവരെയൊക്കെ കൊണ്ടുപോയിക്കോളൂ എന്ന് ഇവരൊക്കെ ദേവന്മാരായി തീരട്ടെ എന്ന് അങ്ങനെ ദിദീദേവി പ്രസവിച്ച കുട്ടികൾ പോലും ആരായി തീർന്നിട്ടുണ്ട് ദേവന്മാരായി തീർന്നിട്ടുണ്ടെന്ന കഥ ഭാഗവതത്തിൽ തന്നെ പറയുമ്പോൾ വ്രതമെടുത്ത് മനഃശുദ്ധി വന്നാൽ അതിലുണ്ടാവുന്ന കുട്ടികൾ ദേവന്മാര് തന്നെയാണെന്നാണ് അപ്പൊ നിങ്ങൾ നോക്കൂ ഈ ഒരു സംസ്കാരമൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് കല്യാണം കഴിഞ്ഞ ഉടനെ ഒന്ന് പുത്രോത്പാദനം ആ മാനസികമായൊരു ഒരു ഒരു ആദരവ് ആദരവ് സ്നേഹം അതൊക്കെ ഉണ്ടെങ്കിലേ അതിലുണ്ടാവുന്ന കുട്ടികളിലും അങ്ങനെയൊരു സ്വഭാവ സവിശേഷത ഉണ്ടാവുകയുള്ളൂ എന്നാണ് അതിനൊക്കെ ചെറിയ വ്രതങ്ങളൊക്കെ നോൽക്കണം എന്നൊക്കെ പറയുന്നത് ഈ ശാസ്ത്രങ്ങൾ പറയുന്നത് അങ്ങനെയുള്ള കുട്ടികൾക്ക് ജന്മം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായില്ലേ പണ്ട് പൂർവികന്മാർക്ക് അറിയാമായിരുന്നു ഏത് മുഹൂർത്തത്തിൽ പുത്രോൽപാദനം ചെയ്താലാണ് ഉത്കൃഷ്ട പുത്രൻ ഉണ്ടാവുക നിങ്ങൾ അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ടാവും പരാശരമാർഷി വ്യാസജന്മം ചെയ്യുന്ന സമയം അതെങ്ങനെ തോണിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സത്യവതി ദേവി എന്ന തോണി ഒരു മുക്കുവ ആ സ്ത്രീയുടെ കുലമോ ജന്മമോ അല്ല നോക്കിയത് മുക്കുവ സ്ത്രീയായ സതീദേവി സത്യവതി ദേവിയോട് പറയാണ് ദേവി ഈ മുഹൂർത്തമുണ്ടല്ലോ ഉത്കൃഷ്ടമാണ് ഈ സമയത്തൊരു പുത്രനെ തരികയാണെങ്കിൽ ആ പുത്രൻ ലോകത്തെ മുഴുവൻ നയിക്കുന്ന ലോകത്തിന് മുഴുവൻ ബഹുമാനം കൊടുക്കുന്ന ലോകത്തിന് മുഴുവൻ നന്മ ഒരു വ്യക്തിയായി തീരും അങ്ങനെ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ ദേവിക്ക് സാധിക്കുമോന്നു ഉടനെ ദേവി പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കാത്ത കുട്ടിയാണല്ലോ കന്യകയാണല്ലോ എന്റെ ചാരിത്ര ഭംഗം വരില്ല മാത്രമല്ല ഈ തോണിയിൽ വെച്ചിത്ര പരസ്യമായി അങ്ങയുമായിട്ട് ബന്ധപ്പെടി ആളുകൾ എന്ത് ഞാനൊരു വേശിയായിട്ട് ആളുകൾ എന്നെ കണക്കാക്കില്ലെന്ന് ഉടനെ ആ ശുദ്ധ മനസ്സ് കണ്ടപ്പോ ഉടനെ തന്നെ വ്യാസമഹർഷി പറ പരാശരമാഹർഷി പറയാനാണ് അതിനെക്കുറിച്ചൊന്നും ദേവി പേടിക്കുന്ന അതൊക്കെ ഞാൻ മറച്ചോളാണ് അങ്ങനെ മൂടൽമഞ്ഞ സൃഷ്ടിച്ചു മഹാഭാരതം കഥ പറയുന്നത് സൃഷ്ടിച്ചുകൊണ്ട് അവിടെ വെച്ച് തന്റെ ധീജത്തെ ദേവിക്ക് കൊടുത്ത് ആ ബീജമാണ് പിന്നീട് വ്യാസനായിട്ട് ഉണർന്നു വന്നത് പറയുന്നത് അങ്ങനെ വ്യാസോൽപ്പത്തിയെക്കുറിച്ചൊരു കഥയുണ്ട് പറയാന് അപ്പൊ ഈ കഥകളൊക്കെ എന്തിനാ പറയുന്നത് നമ്മുടെ പൂവികന്മാർക്ക് ഇതിലൊക്കെ ഉണ്ടായിരുന്ന സൂക്ഷ്മമായ പരിജ്ഞാനമാണ് എന്തോ നമുക്കത് നഷ്ടപ്പെട്ടു പറയുകയാണ് ഇത്ര ഗംഭീരമായൊരു സംസ്കൃതിയിൽ ജനിച്ച നമ്മളൊക്കെ അതിന്റെ സൂക്ഷ്മതകൾ മറന്നുപോയിട്ട് ഇതാ ഒരു കേവലം ഒരു മനുഷ്യരി ജീവിതത്തിൽ അങ്ങനെ കല്യാണം കഴിക്കണോ പുത്രോൽപ്പാദനം ചെയ്യണമോ അവരെയൊക്കെ വളർത്തണോ അവരെയൊക്കെ പഠിപ്പിക്കണോ പിന്നെ അതിലുള്ള സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു അവരെയാണ് ഇതിന്റെയൊക്കെ പിന്നിൽ വലിയ വലിയ ശാസ്ത്രങ്ങളും കാര്യങ്ങളും തത്വങ്ങളുമുണ്ട് എന്ന ഭാഗവതം നമുക്ക് കാണിച്ചു തരിക ഏതായാലും ദിദി ഗർഭിണിയായി നൂറ് വർഷം ഗർഭത്തെ അങ്ങനെ മനസ്സിലായത് ക്രൂരന്മാരാവും നിന്യന്മാരാവുന്നൊക്കെ എങ്കിലും ഒരു അനുഗ്രഹം കൊടുത്തു കശ്യപൻ എന്താനുഗ്രഹം ദിദി അവിടുത്തെ പുത്രന്മാരൊക്കെ ക്രൂരന്മാരും ദുഷ്ടന്മാരൊക്കെയാണെങ്കിലും അവിടുത്തെ പുത്രന്റെ പുത്രൻ വലിയ ഭാഗവതോത്തമനായി തീരുമെന്ന് അനുഗ്രഹം ചൊരിഞ്ഞു അങ്ങനെ പ്രഹ്ലാദനെ അവിടെ വെച്ച് തന്നെ മുൻകൂട്ടി അനുഗ്രഹിക്കുകയാണ് കശ്യപൻ മഹർഷിയെ പറയണം അങ്ങനെ നൂറാമത്തെ വർഷം പ്രസവമൊക്കെ ചെയ്ത് ഹിരണ്യാക്ഷനും ഹിരണ്യകശ്യവും പ്രകടമായി ഹിരണ്യാക്ഷൻ ജനിച്ചപ്പോ തന്നെ പറയാണ് അമ്മയോട് എന്റെ കൈ തരിക്കണോ ആരെങ്കിലൊക്കെ നിടിക്കണമെന്ന് എന്നാലെ കണ്ടു മാ ഉടനെ പറഞ്ഞു എന്നെ അച്ഛനെ കൊഴിച്ച് വേറെ ആരെയാണെങ്കിൽ എടുത്തോളൂ വന്നു അവിടെ അവിടെ നിന്നും വരുണലോകത്തിലേക്ക് പോകുന്നു പിന്നെ വരുണനുമായിട്ട് പറഞ്ഞതിന് ശേഷം ഏറ്റുമുട്ടിയതിനു ശേഷം പിന്നീട് ഭഗവാനെ വരാഹരൂപത്തിൽ കാണുന്നു പിന്നെ വരാഹമൂർത്തിയുമായി ഏറ്റുമുട്ടി മരിക്കുന്നു എന്നാണല്ലോ കഥ ഈ ഹിരണ്യാച്ചനും ഹിരണ്യകസി എവിടെ നിന്നാണ് ഇവർ വന്നതെന്ന് അതിന്റെ പിന്നിലുള്ള ഒരു കഥയിലേക്ക് കടക്കുകയാണ് സൂതമഹർഷി ആരാണിവർ ഭഗവാൻ വൈകുണ്ഠമൂർത്തിയായിട്ടിരിക്കുമ്പോൾ ഭഗവാന്റെ രണ്ട് പാർശ്വതന്മാരായിരുന്നു ജയനെന്നും വിജയനെന്നും പേരുള്ള രണ്ടു പേര് ഇവർ കാവൽക്കാരായിട്ട് ഭഗവത് സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഭഗവാന്റെ പരമഭക്തന്മാരായ സനൽകുമാരി രാതി മഹർഷീശ്വരന്മാര് ഒരു ദിവസം ഭഗവാനെ കാണാൻ വൈകുണ്ഠലോകത്തിലെത്തി അപ്പൊ ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ പരമജ്ഞാനികളായതുകൊണ്ട് ദേഹബോധം ഒട്ടും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ശരീരത്തിൽ വസ്ത്രം വേണം ശരീരം അങ്ങനെ അതിൽ എന്താണ് ആണിൻ്റെതായിട്ടുള്ള രൂപഭാവങ്ങളുണ്ട് ഇത് കാണും മറ്റുള്ളവർ അങ്ങനെയെന്നുള്ള ചിന്തകളെ അവരുടെ മനസ്സിലേക്ക് കടന്നു പോയില്ലേ അവരെയാണ് ശരീരബോധം ഒട്ടും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർക്ക് ശരീരത്തിൽ വസ്ത്രം ഉണ്ടാവാതെ അവധൂതന്മാരെ പോലെ നടന്നുകൊണ്ടാണ് അങ്ങനെ ശരീരത്തിൽ വസ്ത്രം ധരിക്കാതെ ഇവർ വൈകുണ്ട ലോകത്തിലെത്തി വാച്ച്മാന്മാരോട് മാറി നിൽക്കാൻ പറഞ്ഞപ്പോ അവർ പറഞ്ഞു ഇവിടെ കുറെ കോഡ് ഓഫ് ഡ്രസ് ഉണ്ടെന്ന് ഡ്രസ്സിനും ചില കോടുകൾ നടക്കെട്ടാലും നിങ്ങളുടെ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ കുറിച്ച് കേട്ടിട്ടുണ്ട് പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ മാത്തമെറ്റിക്സ് പ്രൊഫസറായിരുന്നു ഇദ്ദേഹം പിന്നീട് വിവേകാനന്ദ സ്വാമികളുടെ ശിഷ്യനായിട്ട് മാറി കൂടുതൽ കാലം അമേരിക്കയിലും ജാപ്പാനിലും ആയിരുന്നു രാമതീർത്ഥ സ്വാമികൾ നടത്തിയത്തിന്റെ പേര് അങ്ങനെ അദ്ദേഹം ഒരിക്കൽ അമേരിക്കയിലിരിക്കുമ്പോ ഒരു പ്രഭു ഇദ്ദേഹത്തെ ഒരു ഡിന്നർ വിളിച്ചു അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്തോ ഫംഗ്ഷൻ ഉണ്ടെന്ന് രാമതീർത്ഥ സ്വാമികൾ ഒരു കാവ്യ മുണ്ടും ധരിച്ച് കാവ് ഭനിയനൊക്കെ ധരിച്ച് അവിടേക്ക് ചെന്നപ്പോ വാച്ച്മാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇവിടെ കയറി വരാൻ പറ്റില്ല ഇവിടെ കുറെ ഡ്രസ് കോഡുകളുണ്ടെന്ന് അതിട്ടാലേ ഇങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ എന്ന് ഇവിടെ സ്വാമികൾ വന്ന് എനിക്ക് ആ ഒന്ന് കാണണമെന്ന് അങ്ങ് സൂട്ടും കോട്ടിട്ടാലേ അകത്ത് കയറാൻ പറ്റുള്ളൂ പിന്നെയല്ലേ പ്രഭുവിന് ഇവിടെ അലഞ്ഞു യാചകന്മാർക്ക് വരാൻ പറ്റിയ സ്ഥലമല്ല ഇത് കേട്ടപ്പോ ചോദിച്ചു ഇവിടുത്തെ ഡ്രസ് കോഡ് എന്താണ് സൂട്ട് വേണം കോട്ട് വേണം ഇതൊക്കെ ഇട്ടിട്ട് ധരിച്ചിട്ട് വേണം പാന്റൊക്കെ ഇട്ടിട്ട് ധരിച്ച് വേണം ഇവിടെ കയറാൻ രാമതീർത്ഥ സ്വാമികൾ എന്ത് ചെയ്തു പോയി സൂട്ടും കോട്ടൊക്കെ വാങ്ങിച്ച് അല്ലെ ഗെറ്റപ്പിൽ അങ്ങോട്ട് കയറി ചെന്നു ഉടനെ തന്നെ വാച്ച്മാൻ കൊടുത്തു പാസ് നേരെ പ്രഭുവിതെടുത്തുപോയി അദ്ദേഹത്തെ കണ്ടപ്പോ അദ്ദേഹം ചുജു എന്താ സ്വാമികൾ ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് അല്ല നിങ്ങളുടെ അവിടെ പറഞ്ഞു ഈ സാധനങ്ങളൊക്കെ ധരിച്ചാലേ അകത്തേക്ക് ഗേറ്റിൽ അകത്ത് കയറാൻ പറ്റുള്ളൂ അതുകൊണ്ട് പിന്നെ നിർത്തിയില്ലല്ലോ ധരിച്ചു അപ്പോഴേക്കും പിന്നെ സേവകന്മാരോട് ജ്യൂസ് അത് ഇതൊക്കെ ദേഹം പറഞ്ഞു അദ്ദേഹം വെജിറ്റേറിയനാണല്ലോ അതൊക്കെ കൊണ്ടുകൊടുത്തു സ്വാമികളെന്തെയും ഈ ജ്യൂസ് കെട്ടിക്കഴിഞ്ഞപ്പോ ഉടനെ തന്നെ കോട്ടിലേക്ക് തുടങ്ങി എന്താ സ്വാമികൾ എങ്ങനെയൊക്കെ ചെയ്യുന്നത് കുടിക്കാനുള്ള സാധനമല്ലേ കോട്ടിലേക്ക് ഒഴിക്കുന്നത് അത് ഉടനെ പറയാണ് എനിക്കും ഇവിടെ വലിയ ഈ കോട്ടിലാണ് ഇവിടെ സ്ഥാനം കോട്ടിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് അകത്തേക്ക് വരാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് കോട്ടിനാണ് ഈ ജ്യൂസൊ അർഹതപ്പെട്ടത് എനിക്കല്ല അർഹതപ്പെട്ടത് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കാൻ തുടങ്ങി എല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് അപ്പോഴാണ് ഈ പ്രഭുവിന് മനസ്സിലായത് ഞാൻ എത്ര വിദ്യിയാണ് ഒരു വ്യക്തിത്വത്തെ മനസ്സിലാക്കുന്ന സൂട്ടിലൂടെയും കോട്ടിലൂടെയാണോ ഇയാളുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞിട്ട് ആ സ്വാമികളെ നമസ്കരിക്കുന്ന രംഗ സ്വാമികൾ എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഈ പാർശ്വതന്മാരെ തടഞ്ഞു നിർത്തിയപ്പോവും സനൽകുമാരാദി മഹർഷിമാർക്ക് കരുണ്യം തോന്നി കഷ്ടം ഇവർ ഞങ്ങളുടെ ശരീരത്തിലേക്കാണല്ലോ നോക്കിയത് ഭക്തി ഇവർക്ക് കാണാൻ പറ്റിയില്ലല്ലോ ഭഗവാന്റെ അടുത്ത് വന്നിട്ടും ഭഗവാനെ കാണാൻ വന്നവരെ തടഞ്ഞതുകൊണ്ട് അവർക്ക് ശാപം കൊടുത്തുവെന്നാണ് രണ്ടുപേരും ആശുരിക യോനിയിൽ പോയി ജനിക്കാൻ ഇടവരട്ടെ അങ്ങനെ സനൽകുമാരാതി ഋഷീശ്വരന്മാരാൽ ശാപം കിട്ടിയതാണ് ജയവിജയന്മാരാണ് പിന്നീട് ഹിരണ്യാക്ഷനും കിരണ്യേശവും ആയി തെറിയതെന്ന കഥയോടെ പറയുകയാണ് ഈ കഥയിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് എന്താണ് നമ്മുടെ ഉള്ളില് മറ്റൊരാളോട് അല്പമെങ്കിലും വിദ്വേഷം തോന്നിക്കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഉയരുന്നതിന് പകരം നമ്മൾ താഴാനുള്ള സാധ്യതകളുണ്ട് പറയാണ് ഈ ലോകത്തിൽ വന്നിട്ട് സുന്ദരമായൊരു ജീവിതം കിട്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ അല്പമെങ്കിലും അസൂയയോ വിദ്വേഷമോ തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഉയർച്ചയ്ക്ക് പകരം താഴ്ത്തുമെന്ന് ഈ കഥയിലൂടെ സൂചിപ്പിക്കുകയാണ് നോക്കണേ ഭഗവാന്റെ അടുത്തെത്തിയിട്ട് അവർക്ക് ആ വിദ്വേഷം തോന്നിയതും അവരെ താഴേക്ക് അനപ്പതിച്ചു വീണു അപ്പോഴേക്കും അവർ കാൽക്കൽ വീണു ഭഗവാന്റെ അടുത്ത് ഭഗവാൻ അങ്ങോട്ട് വന്നു ഭഗവാനെ ഞങ്ങൾ അറിയാതെ അപരാധം ചെയ്തു ഈ മഹാത്മാക്കളുടെ മഹാത്മ്യം മനസ്സിലാക്കാതെ അവരെ നിന്ദിക്കാൻ ഇടവന്നു അവർ ഞങ്ങളെ ശപിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു ഇത് ഞാൻ മുമ്പേ തരണമെന്ന് വിചാരിച്ചായിരുന്നു അതുകൊണ്ടാ കാരണം പണ്ട് ലക്ഷ്മി ദേവി പോയി വരുന്ന സമയത്ത് ഇത്തിരി വൈകിയപ്പോ ഇവർ രണ്ടുപേരും തടഞ്ഞിട്ട് പറയുകയാണ് ഇവിടെ ചില നിയമങ്ങൾ തോന്നിയ സമയത്തൊന്നും കയറി വരാൻ പാടില്ല എന്ന് ഭഗവാന്റെ ഭാര്യയോടാ പറയുന്നത് അന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കൊരു കൊട്ടു തരണമെന്ന് പിന്നെ ഞാൻ കാത്തിരുന്ന ക്ഷമിച്ചതാ ഏതായാലും ഇപ്പൊ സമയമായി ഏതായാലും പോയിക്കൊള്ളുവന്നു ആഴം കൂടി കേട്ടപ്പോ അവർക്ക് ആകെ വിഷമായി അവർ ഭഗവാന്റെ പാദത്തിൽ വീണ്ടും പറഞ്ഞു ഭഗവാനെ അങ്ങേ മറക്കാനിട വരരുത് ദുർഗതി ഉണ്ടാവരുത് അദോഗതി ഉണ്ടാവരുതെന്ന് ഭഗവാൻ ജീവിത ഏറെക്കുറെ വന്നില്ല ഇനി പിന്ന വരാൻ വേണ്ടതെന്ന് ഏറെ ശാപം കിട്ടിയില്ലേ ഏതായാലും നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അസുരയോടിയിൽ പോയി ജനിച്ചാലും ായിരിക്കും നിങ്ങൾക്ക് ശത്രു അങ്ങനെ എന്നെ തന്നെ മനസ്സിൽ വിചാരിച്ച് എന്നോട് യുദ്ധം ചെയ്ത് അവസാനം വീണ്ടും നിങ്ങൾക്ക് എന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്ന് പറഞ്ഞ് ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു വിട്ടുവെന്ന് ശാപം അവർക്കൊരനുഗ്രഹമായിത്തീർന്നു അങ്ങനെ സനൽകുമാരാതിരുഷീശ്വരന്മാരുടെ ശാപം കൊണ്ടാണ് ജയവിജയന്മാര് ഹിരണ്യാക്ഷനും ഹിരണ്യകശവും ആയിത്തീരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉത്കൃഷ്ടതയിലേക്ക് ഉയരാനും നമുക്ക് സാധിക്കും വികൃഷ്ടതയിലേക്ക് താഴാനും നമുക്ക് സാധിക്കും എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടോ പറയുകയാണ് മനുഷ്യജന്മ എടുത്തതുകൊണ്ട് മാത്രം നമ്മൾ ഉത്കൃഷ്ടതയിലേക്ക് ഉയർന്നോളന്നില്ല ഈ ജീവിതത്തെ നാം വേണ്ട പോലെ ഈ മനസ്സ് ശരീരം വിട്ടുപോയാൽ ഇനി ഇതുപോലൊരു ശരീരം എടുക്കുമോ എന്ന് പറയാൻ സാധ്യല്ല എന്നാണ് വേണമെങ്കിൽ ഉത്കൃഷ്ടതയിലേക്ക് ഉയരാം മനസ്സിന് വേണമെങ്കിൽ നികൃഷ്ഠതയിലേക്ക് താഴാനും സാധിക്കും അപ്പൊ എന്താണ് താഴാനുള്ള കാരണം ഉള്ളിലുള്ള വിദ്വേഷം ഉള്ളിലുള്ള ആ സ്വാർത്ഥ സ്വഭാവം അത് മനുഷ്യനെ മൃഗത്തിലേക്ക് കൊണ്ടുവരുന്നു അതുകൊണ്ട് ഹിരണ്യാച്ചനും ഹിരണ്യകശവും ഒരു മൃഗീയ സംസ്കാരത്തിലേക്ക് വീണുപോയി എന്ന് അപ്രകാരം പിന്നീട് ഭഗവാനുമായി യുദ്ധം ചെയ്ത് അവർ വീണ്ടും തിരിച്ചു കഥ ഏതായാലും ഈ കഥയ്ക്ക് ശേഷം പിന്നീട് നമ്മളെ അടുത്ത കഥയിലേക്ക് കൊണ്ടുപോവുകയാണ് സ്വയംഭൂമനോ ഭൂമിയിൽ വാസം തുടങ്ങി അദ്ദേഹത്തിന് ശതരൂപാദേവിയിൽ അഞ്ചു കുട്ടികളുണ്ടായിരുന്നാണ് ഈ അഞ്ചു കുട്ടികളായിരുന്നു രണ്ട് ആൺകുട്ടികളായ ഒത്താനവാദനം പ്രിയമൃതനം പിന്നീട് ദേവഹൂതി പ്രസൂതി ആകൂതി ഇങ്ങനെ അഞ്ചു പേര് ഇനി ഇവരുടെ വംശത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും കഥകളാണ് ഇനി പറയാനുള്ളത് ഈ അഞ്ചു പേരും വളർന്ന് വലുതാവുന്നു കൊട്ടാരത്തിൽ എല്ലാ അസുഖ സൗകര്യങ്ങളും അച്ഛൻ ഇവർക്കുണ്ടെന്ന സംസ്കാരങ്ങളൊക്കെ കൊടുത്ത് വളർത്തുന്നു അതിൽ ദേവഹൂതി വിവാഹപ്രായമായപ്പോ ആർക്കാണ് വിവാഹം കഴിച്ചു കൊടുക്കേണ്ടതെന്ന് സ്വയംഭൂമനോ പിതാവായ ബ്രഹ്മാവിനോട് കൺസൾട്ട് ചെയ്തു അന്ന് അങ്ങനെയാണല്ലോ വിവാഹമൊക്കെ പ്രായമായി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പ്രായമായി കഴിഞ്ഞാൽ കാരണവുമാരെ തമ്മിൽ ചർച്ച ചെയ്യാം ഒരുപക്ഷെ നിങ്ങളൊന്ന് കല്യാണം കഴിക്കുന്ന സമയത്ത് ഭർത്താവിനെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ലേ പലരും കാരണം ആരാ ഭർത്താവ് എന്നുള്ളത് കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ടാ കണ്ടാവുക ഇന്നിപ്പോൾ നേരെ വിപരീത കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ കുട്ടിയോട് ചോദിക്കുന്നത് എന്നെ ആർക്കാ കെട്ടിച്ചു കൊടുക്കേണ്ടതെന്ന് അല്ലെ അവൾ തന്നെ നിശ്ചയിച്ചിട്ടുണ്ടാവും ആർക്കാ എന്നെ കൊടുക്കേണ്ടതെന്നുള്ളത് കാലം മാറിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് തറിയാണ് ഏതായാലും അങ്ങനെയൊക്കെ മുത്തശ്ശനായ സ്വയംഭൂരിനോനോട് ചോദിച്ചു ബ്രഹ്മാവിനോട് ചോദിച്ചും പറഞ്ഞു കർദ്ദമ എന്ന് പറയുന്ന തപോ നിഷ്ഠൻ തന്റെ തപസ്സിൽ വ്യാപൃതനായിട്ടിരിക്കുന്നുണ്ട് അയാൾക്കാണ് വിവാഹം കഴിച്ചു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ അയാൾ വിവാഹം കഴിക്കുമോ ലഹല വിവാഹം കഴിക്കണം കാരണം വിവാഹം കഴിക്കുമ്പോഴേ അതിലൂടെ ഭഗവാന് അവതരിക്കാൻ സാധിക്കുള്ളൂ എന്ന് ബ്രഹ്മാവ് പുത്രനായ സ്വായം പൂമനവനോട് പറഞ്ഞു ഇവിടെയാണെങ്കിലോ കർദമൻ എന്ന് പറയുന്ന മഹാത്മാവ് വളരെ തപോദിഷ്ടനായിട്ട് തന്റെ ആശ്രമത്തിൽ തപസനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക ഒരു ദിവസം അതേ ശങ്കചക്ര കഥാധാരിയേറ്റ് ഭഗവാൻ തന്റെ മുന്നിൽ നിൽക്കുന്നു ഭഗവാനെ നമസ്കരിച്ചപ്പോ ഭഗവാൻ പറയാന കർദമൻ അവിടുന്ന് വലിയ തപോനിഷ്ഠനായിട്ട് ജീവിതം ചെയ്യുന്നുണ്ട് വളരെ സന്തോഷമുണ്ടതിൽ ഏതായാലും അങ്ങ് സ്വയംഭൂമനുവിന്റെ കന്നികയെ സ്വീകരിക്കണം അവരവിടെ വരും ആ കല്യാണം കഴിക്കണം കല്യാണം നടക്കും എന്നിട്ട് അങ്ങ് ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കണം അതിലൂടെ ഞാൻ അങ്ങയ്ക്ക് പുത്രനായിട്ട് അവതരിക്കുന്നുണ്ട് എനിക്കാണെങ്കിലോ മൺമറഞ്ഞു ശാസ്ത്രമായ സാങ്ക്യശാസ്ത്രത്തെ പുനർജ്ജീവിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ട് പോയി അങ്ങനെ ഒരു ദിവസം കർദമ പ്രജാപതിയുടെ ആശ്രമത്തിലേക്ക് സ്വയംഭൂമനോ തൻ്റെ കന്നികയായിരിക്കുന്ന ദേവഹൂതിയെയും കുട്ടി വരികയാണ് കർദവൻ അവർ സ്വീകരിച്ചു ഇരുത്തി കാല കാര്യങ്ങളും നടത്തി ചോദിച്ചു എന്താവോ രാജൻ അവിടുന്ന് വന്നിട്ടുള്ളത് പറഞ്ഞു എന്റെ പുത്രിയെ കന്നികയെ അങ്ങേക്ക് തരണമെന്നാണ് എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം അതുകൊണ്ട് അവിടുന്ന് അത് സ്വീകരിക്കണം പൂർത്തീകരിക്കണമെന്ന് ഉടനെ ഒരു നിബന്ധന വെച്ചിട്ട് ഞാൻ കല്യാണം കഴിക്കാൻ ഇവിടെയാണ് എന്താ നിബന്ധന എപ്പോ അങ്ങയുടെ പുത്രിയിൽ എനിക്കൊരു പുത്രനുണ്ടാവുമോ ആ സമയത്ത് ഞാൻ വിവാഹബന്ധം ഏർപ്പെടുത്തുന്നു കേമായില്ലേ ഇന്നങ്ങനെ പറഞ്ഞാൽ അടി കിട്ടും പുത്രനുണ്ടായ വിവാഹബന്ധം ഏർപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പുത്രി കൊടുക്കൂ പോലിവാസമല്ലേ പറയുക ഏതായാലും അന്ന് അത് പറഞ്ഞപ്പോ സ്വായം പൂവ മനവിനും തോന്നി ഉടനെ തന്നെ മകളായ ദേവഹൂതി പറഞ്ഞു അച്ഛ എന്താണോ അദ്ദേഹത്തിന്റെ ആഗ്രഹിച്ചാൽ അത് നിർത്തിക്കോട്ടെ ഇവർ കേട്ടപ്പോൾ അച്ഛൻ നോക്കാം ആ പുത്രിയുടെ മനസ്സ് ധൈര്യത്തിനുണ്ട് തന്റെ പുത്രനായി ഉപേക്ഷിക്കുന്ന ഭർത്താവ് അന്നേ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ആ കുട്ടിക്ക് യാതൊരു വിഷമവും സ്വീകരിച്ചു ഭർത്താവായിട്ട് കർദമനാണ് അങ്ങനെ ആദ്യത്തെ കന്നികാദാനം ഈ ഭാരതത്തിൽ നടന്നു പോകുന്നതാണ് സ്വയംഭൂമനുവിന്റെ പുത്രിയെ ദേവഹൂതിയെ കർദവ പ്രജാപതിക്ക് കൊടുത്ത ചടങ്ങിനെയാണ് കന്നികാദാനം എന്ന് പറയുക ഭാരതത്തിലെ വിവാഹ എന്ന് പറയുന്നത് കന്നികാദാനാണ് നമ്മൾ മാരേജിന്ന് വിളിക്കുന്നതിനെ സംസ്കൃതത്തിൽ കന്നികാദാനെന്നാണ് വിളിക്കുക അച്ഛൻ പുത്രിയെ ഭർത്താവിനെ ഏൽപ്പിക്കുന്ന ചടങ്ങിനെയാണ് കന്നികാദാനെന്ന് പറയുക എന്താ ഈ കന്നികാദാനെന്ന് പറഞ്ഞാല് ഇതില് ഒരു കാര്യം പിതാവ് ഭർത്താവാൻ പോകുന്ന ആൾക്ക് പ്രോമിസ് ചെയ്യാണ് എന്താണത് എന്റെ എന്റെ പുത്രി അവിടുത്തെ സുഖക്ഷേമങ്ങൾ നോക്കും എന്ന് പറഞ്ഞ് അങ്ങയ്ക്ക് എല്ലാ സുഖക്ഷേമങ്ങളും തരും എന്ന് പറഞ്ഞിട്ട് ഉറപ്പ് കൊടുക്കുമ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ യുവാവ് കന്നികയുടെ പിതാവിന് കൊടുക്കുന്ന ഉറപ്പാണ് ഞാൻ അങ്ങയുടെ പുത്രിയെ എന്നും സുരക്ഷിതനായിട്ട് സുരക്ഷിതയായിട്ട് നോക്കാം അവൾക്ക് ഞാൻ സുരക്ഷിതത്വം കൊടുക്കാം അവൾ എന്റെ കീഴിൽ എന്റെ കയ്യിലെന്നും പ്രൊട്ടക്ടഡ് ആയിരിക്കും എന്ന് ഒരു വാഗ്ദാനം ചെയ്യണം ഇങ്ങനെ പരസ്പരം ഒരു ത്രസ്താണ് അന്നത്തെ വിവാഹം എന്ന് പ്രിയാണ് ട്രസ്റ്റിന്റെ ഭാഗമായിരുന്നു വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു ഈ കൈകൾ കൊടുക്കൽ ഇന്നും അങ്ങനെ തന്നെയാണല്ലോ ഈ കൈ കൊടുക്കുന്നതിന്റെ പിന്നില് പരസ്പര വിശ്വാസം ഉറപ്പിക്കലാണ് എന്നാൽ ഇന്ന് കൈകൾക്ക് വലിയ വിശ്വാസമില്ല അതുകൊണ്ടാണ് പേപ്പറിൽ ഒപ്പിടേണ്ടി വരുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കുകൾക്കൊന്നും വിലയില്ലാതെ തീർന്നു പറയാം സത്യത്തിന് വിലയില്ലാത്ത ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കോടതിക്കും ആവശ്യം പേപ്പറുകളിൽ ഒപ്പിട്ടിട്ടുള്ള കാര്യങ്ങളാണ് നോക്കൂ എത്ര മാറി നമ്മുടെ സംസ്കാരം നല്ലത് അപ്പോ അങ്ങനെ രണ്ടുപേരും ഒരു കരാർ ഏറ്റെടുക്കുകയാണ് ഒന്നാമത്തെ കരാറ് ഞാൻ നിങ്ങളുടെ സുഖവും ക്ഷേമവും നോക്കാം എന്റെ സുഖവും ക്ഷേമവും എന്നല്ല പറഞ്ഞത് രണ്ട് ഞാൻ നിന്റെ സുരക്ഷിതത്വം ഏറ്റെടുക്കാമെന്ന് അങ്ങനെ രണ്ടു കൂട്ടരും സുഖവും ക്ഷേമവും സുരക്ഷിതരവുമായിട്ട് സുരക്ഷിതത്തിന്റെ ഒരു വലയത്തിൽ ജീവിക്കുന്നതിനെയാണ് ഈ മോതിരവരലിലൂടെ മോതിരത്തിലൂടെ സൂചിപ്പിക്കുന്നത് പ്രിയാണ് മോതിരം ഒരു റിംഗ്മാനല്ലോ നമ്മളൊരു സുരക്ഷിതത്തിന്റെ വലയത്തിൽ നമുക്കെന്നും സുഖത്തിന്റെ വലയത്തിലെന്നും ജീവിക്കാമെന്ന പരസ്പരം ധാരണയില് അവരൊരുമിച്ച് കൂടിച്ചേർന്ന് ജീവിക്കുന്നു ഇതായിരുന്നു ഭാരതീയ വിവാഹ സങ്കൽപ്പം എന്ന് അങ്ങനെ അവര് രണ്ടുപേരും ഒരുമിച്ച് താമസം തുടങ്ങി തപേനിഷ്ടമായ ജീവിതം കർദുമൻ ആ പക്തിയായ ദേവഹൂതിയാണെങ്കിലോ തന്റെ ഭർത്താവിന്റെ ഇംഗിതത്തിന് വിരുദ്ധമായി യാതൊന്നും ചെയ്തില്ല അയാളെ തപസ്സിന് വളരെയധികം സഹായിച്ചു കാലം മുന്നോട്ടുപോയി ഒരു ദിവസം കർദമ പ്രജാപതി കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്നത് തന്നെ ശുശ്രൂഷിച്ച് ശുശ്രൂഷിച്ച് ദേഹമെല്ലാം വളരെയധികം ശോഷിച്ചിരിക്കുന്നു തന്റെ പത്നിയുടേത് വളരെ കാരുണ്യം തോന്നി കുട്ടി എനിക്ക് വേണ്ടിയിട്ട് ഇന്ന് ഇത്രയും ത്യാഗങ്ങൾ ചെയ്തുവല്ലോ കഷ്ടം കഷ്ടം ഏതായാലും എന്റെ തപസ്സിൽ ഞാൻ പ്രീതനായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് വരം വേണമെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ആ ദേവഹൂതി ചോദിക്കുന്ന വരമാണ് എനിക്ക് അമ്മയായി തീരാൻ മോഹമുണ്ട് അതുകൊണ്ട് എനിക്ക് പുത്രോൽപാദനം അങ്ങ് ചെയ്യണമെന്ന് ഇത് കേറ്റതും ദാമ്പത്യ ജീവിതത്തിലേക്കാണ് ഇനി കടക്കേണ്ടതെന്ന് മനസ്സിലാക്കി അവിടെ വച്ച് അവർ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുകയാണ് അതിനാദ്യം തന്നെ കർദന പ്രജാപതി തൻ്റെ തപശക്തി കൊണ്ട് ഏഴ് നിലയുള്ളൊരു വിമാനത്തെ സൃഷ്ടിച്ചുവെന്നാണ് നോക്കൂ ആ കാലഘട്ടത്തിൽ വിമാനം എന്നൊക്കെ പറയുമ്പോൾ വ്യാസർക്ക് ചിന്തിക്കാൻ സാധിച്ചു എന്ന് അത്ഭുതമാണ് ഇപ്പൊ ഈ രണ്ടായിരത്തഞ്ചിലാണ് രണ്ട് നിലയുള്ള വിമാനം ഇറങ്ങിയത് ഇതുവരെ രണ്ടു നിലയുള്ളത് ഇറങ്ങിയിട്ടില്ല ഒരു നിലയുള്ള വിമാനേ വന്നിട്ടുള്ളൂ ഇപ്പൊ ലേറ്റസ്റ്റ് വിമാനം രണ്ട് നിലയുള്ളത് ഇറങ്ങിയിട്ടുള്ളൂ ഒന്നേ ഒന്നേ ഇറങ്ങിയിട്ടുള്ളൂ അന്ന് ഏത് നിലയിലൊരു വിമാനം നേരെ കുറെ കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിമാനം ഏതാണ്ട് അന്ന് വ്യാസർക്കത് സ്വപ്നം കാണാൻ സാധിച്ചിട്ടുണ്ട് ആ വിമാനത്തിലാണെങ്കിലോ ഇന്നുള്ള വിമാനത്തെ പോലെയല്ല ഡൈനിങ് ഹാളുണ്ട് അമേരിക്കൻ പ്രസിഡന്റിന് വിമാനമൊക്കെ പറന്നു കേട്ടിട്ടേ അതിനേക്കാളും ഫെസിലിറ്റുള്ള ഒരു വിമാനം ഇരുപത് ശ്ലോകങ്ങളാണ് വിമാനത്തിന്റെ സൗകര്യങ്ങളെക്കുറിച്ച് എഴുതാൻ വ്യാസമഹർഷി എഴുതി വെച്ചിരിക്കുന്നത് ഭാഗവതത്തിൽ അങ്ങനെ സുന്ദരമായൊരു വിമാനമൊക്കെ അപ്പോഴേക്ക് സൃഷ്ടിച്ചു ദേവഹൂതിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് വന്ന ദേവഹൂതി നമുക്ക് ഇതിൽ കയറിയിട്ട് മതി ഹണിമോണൊക്കെ ആഘോഷിക്കുകയാണ് ഇന്നിപ്പോൾ ഹണിമൂണൊക്കെ പറയാറുള്ളൂ അവർ തന്നെ പോയി പറയാണ് അത്രയും ഗംഭീരമായിട്ട് അവരുടെ ജീവിത ആ ജീവിതത്തെ കല്യാണം അവർ ആഘോഷിക്കുകയാണ് അപ്പൊ ദേവഹൂരികരെ നോക്കി ഈ ശോഷിച്ചിരിക്കുന്ന ശരീരം കൊണ്ട് എന്ത് ഹണിയും ഗൂണാഘോഷിക്കാനാണ് എന്ത് ഉടനെ തന്നെ കർദമ ഒരു തടാകത്തെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ദേവി ആ തടാകത്തിൽ പോയിട്ടൊന്ന് കുളിച്ചോളൂ ദേവി തടാകത്തിൽ പോയി മുങ്ങിയതും കയറുന്ന സമയത്ത് നോക്കുമ്പോൾ കല്യാണം കഴിക്കുന്ന സമയത്തുള്ള സൗന്ദര്യത്തിലേക്കും ആരോഗ്യത്തിലേക്കും തിരിച്ചു പോയി ആ തടാകത്തിൽ കുളിച്ചപ്പോന്ന് ആ തടാകം എവിടെയാണെന്ന് ഭാഗവതത്തിൽ എഴുതി വെച്ചിട്ടില്ല അല്ലെങ്കിൽ ഒന്ന് കുളിക്കാൻ തോന്നുന്നത് അതൊക്കെ ആ ജീവിതത്തിലേക്കൊന്ന് വീണ്ടും ചെല്ലാൻ കൂടെ ദൂർ തോണിമാരും പൊങ്ങി വരുന്നു വളരെ സന്തോഷമായി ദേവിക്ക് ദേവി ഇങ്ങനെ നോക്കി എന്തായി ഈ അത്ഭുതം എന്തായി കാണുന്നത് സത്യമാണോ അതൊക്കെ എന്ന് പഴയ ആരോഗ്യമൊക്കെ വീണ്ടിട്ട് പഴയ സൗന്ദര്യം വേണ്ടിയിട്ട് പതിനാറിലേക്ക് വീണ്ടും തിരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആരും വേണ്ടാന്ന് വയ്ക്കില്ല ഏതായാലും ഇന്ന് അതിനു വേണ്ടിയിട്ട് അന്നത്തെ കുളം ബ്യൂട്ടി പാർലറിൽ പോകുന്നത് പക്ഷേ അത് കുള ആവുകയാണ് ജീവിതത്തെ ജീവിതത്തിൽ കൊള്ളാക്കറിയില്ലേ അങ്ങനെ ആളുകൾ ഓരോ നോക്കണം പരീക്ഷണം പോട്ടെ അത് കഴിഞ്ഞിട്ട് കർദ്ദമന്റെ മുഖത്തേക്ക് നോക്കി അല്ല ഞാനിങ്ങനെ സൗന്ദര്യമുള്ള സുന്ദരി അവിടുന്ന് ഇങ്ങനെ ശോഷിച്ചുകൊണ്ടൊരു തപോനിഷ്ഠൻ എന്ത് ദാമ്പത്യമാണെന്ന് ഇത് കണ്ടപ്പോ തന്റെ തപശക്തി കൊണ്ട് കർദവനും യൗവനത്തെ സ്വീകരിച്ചു പറയണം എന്താ ഈ കഥകളിലൂടെയൊക്കെ പറയുന്നത് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ആ യൗവനത്തിൽ തന്നെ ആസ്വദിക്കുമ്പോഴാണ് ആ ദാമ്പത്യ ജീവിതത്തിന് പൂർണ്ണത ഉണ്ടാവുന്നത് അങ്ങനെ അവര് വിവാഹ ജീവിതത്തിലേക്ക് കടക്കണു ആ വിമാനത്തിലേക്ക് കടന്ന് അവിടെ ചുറ്റിക്കറങ്ങാൻ തുടങ്ങി പല പല ലോകങ്ങളെ ഗന്ധർവലോകത്തിൽ അതുപോലെ ചന്ദ്രലോകത്തിൽ പല ലോകങ്ങളിലും കറങ്ങിക്കറങ്ങി കറങ്ങി കുറേ വർഷങ്ങൾ ഭാഗവതം പറയുന്നു നൂറ് വർഷം അവർ കറങ്ങി എന്നാണ് ദാമ്പത്യ ജീവിതം അങ്ങനെ അവർ നോക്കുമ്പോൾ ഒൻപത് പെൺകുട്ടികൾ അവർക്കുണ്ടായി ഒൻപത് പെൺകുട്ടികൾ വന്നതിന് ശേഷം ഒരു ദിവസം കർഭവൻ പറഞ്ഞു ഇനി എന്നെ തപസ് ചെയ്യാൻ പറഞ്ഞയക്കണം നമുക്ക് ഇവിടെ വെച്ച് ആ സമയത്ത് ദേവഹൂതി പറയാണ് ഒരു മോഹം കൂടി എനിക്ക് ഇതാക്കിയുണ്ട് അത് കഴിഞ്ഞ് അങ്ങ് പോയിക്കോളൂ എന്ന് എന്താവോ ദേവിയുടെ മോഹം എന്ന് ചോദിച്ചും പറഞ്ഞു ഈ ഒൻപത് പെൺകുട്ടികളെയും യോഗ്യരായ ഭർത്താക്കന്മാരെ എത്തിക്കണം രണ്ട് എന്റെ ജീവിതത്തില് ഇപ്പോഴും എനിക്ക് പൂർണ്ണ സംതൃപ്തി സുഖം സന്തോഷം സമാധാനം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല എന്നെ എല്ലാ വിഷമത്തിൽ നിന്നും അങ്ങ് വിട്ടുപിരിഞ്ഞാലുണ്ടാവുന്ന ദുഃഖത്തിൽ നിന്നും മുക്തമാക്കാൻ എനിക്ക് ഉത്തമോത്തമനായ ഒരു പുത്രനെ കൂടി തരണം എന്ന് പറഞ്ഞപ്പോ കർദമന് ഓർമ്മ വന്നു ഭഗവാൻ തന്റെ പുത്രനായി അവതരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ദേവി ഇതായിരിക്കാൻ സൂചിപ്പിച്ചത് അവിടെ വച്ച് ദേവിയോട് ഒരു വ്രതം അനുഷ്ഠിക്കാൻ പറയുകയാണ് അങ്ങനെ ഭഗവത് മന്ത്രോച്ചാരണത്തിലൂടെ ഒരു വ്രതമനുഷ്ഠിച്ച ദേവിയിലേക്ക് കർദമൻ തന്റെ ബീജത്തെ പകർന്നു കൊടുത്തുവെന്നാണ് അതാ ഒരു ദിവസം ദേവി തേജസ്വിയാർന്നൊരു കുട്ടിയെ പ്രസവിക്കുകയാണ് അങ്ങനെ ആ പട്ടി പേരും കൊടുത്തു കപിലൻ എന്ന് അങ്ങനെ കർദമപ്രജാപതിയുടെ ദേവഹൂതിയുടെ പുത്രനായി ഭഗവാൻ കപിലൻ അവതരിക്കുന്നു ഇനിയുള്ള ഭാഗങ്ങളെയാണ് കാപിലിയോപാഖ്യാനം എന്ന് പറയുന്നത് അവിടെ വെച്ച അച്ഛന് തന്റെ പുത്രൻ ജ്ഞാനോപദേശം കൊടുത്ത് അച്ഛനെ കാട്ടിലേക്ക് പറഞ്ഞയച്ചു വന്ന ഉടനെ തന്നെ അച്ഛനോട് പറഞ്ഞ വീട്ടിലിരിക്കുന്ന പോയിക്കോളൂ കാട്ടിലേക്ക് ഇങ്ങനെ ഇരിക്കുന്ന മക്കളെന്നാണ് അച്ഛനെ അതീവത് വീട്ടിലൊന്നാണ് വേഗം പറഞ്ഞ വെച്ചാൽ പോയി തപസ് ചെയ്യൂ എന്ന് അതാണ് ഇനി ജീവിതത്തിൽ നേടിയെടുക്കേണ്ടത് അങ്ങനെ മകനും അമ്മയും ആശ്രമത്തിൽ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം അമ്മയ്ക്ക് പത്തൊൻപത് വയസ്സായി പുത്രനും പത്ത് മുപ്പത്തഞ്ച് വയസ്സായി ഒരു ദിവസം കപില മഹർഷിയോട് അമ്മ തന്റെ ജീവിതത്തിന്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് അതിൽ നിന്നും തന്നെ പുറത്തേക്ക് കൊണ്ടുവരാൻ അനുഗ്രഹിക്കാൻ വേണ്ടി പറയുകയാണ് ആ ഭാഗം മുതൽ കപില ഭഗവാൻ കൊടുക്കുന്ന ഉപദേശമാണ് ഇതിനെ കപിലോപദേശം എന്ന് പറയും നമുക്കത് ഭക്ഷണം കഴിച്ചതിനു ശേഷം നോക്കാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം